കസ്മൈയ വിഭാസിതോയോ ജ്ഞാന പ്രദീപുരാ തൂപേണ ജനാരദായനയേ കൃഷ്ണ തൂപി യോഗേന്ദ്രയ തത്മന്രാത കാരുണ്യ തക്ഷുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരം ധീമഹ അഭിജാതി യാവാൻ യശാസ്മ ത न न നാഹം വേദൈ നപസാം നഖ്യേന ശക്േവ വിധോ ദ്രഷും ദൃഷ്ടസി മാം യഥ്യഹമേം വിധോർജുന ജാത്തും ദ്രഷും ചേന പ്രവേം ചരന്തമാം ഭഗവാൻ ഭക്തിക്യം ഏറ്റവുമധികം പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഭഗവാൻ ഗീതയില് പറു അനന്യഭക്തി കൊണ്ട് എന്നെ അറിയാനും അനുഭവിക്കാനും പ്രവേശിക്കാനും കഴിയും എന്താണ് ഭക്തി ഗീതയില് ഭഗവത്ഗീതയിൽ കർമ്മയോഗവും ജ്ഞാനയോഗവുമാണ് മുഖ്യമായിട്ട് ഭഗവാൻ പറഞ്ഞത് ലോകേസ്മിൻ ദ്വിധാനിഷ്ഠാ പുരാപ്രോക്താ മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം രണ്ടു വിധത്തിലുള്ള നിഷ്ഠ ലോകത്തിലെ പ്രചാരത്തിലുണ്ട് ജ്ഞാനയോഗം കൊണ്ട് സാഖ്യന്മാർക്കും കർമ്മയോഗം കൊണ്ട് യോഗികൾക്കും ഭക്തിയോഗത്തിനെ ഭഗവാൻ പ്രത്യേകം പറഞ്ഞില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭക്തിയോഗം ഒരു പ്രത്യേക ഒരു യോഗമല്ല ഭക്തി ജ്ഞാനത്തിന് പുറകിലും വേണം കർമ്മത്തിനു പുറകിലും വേണം ഭക്തി ഭക്തിയാണ് ജ്ഞാനയോഗത്തിനും കർമ്മയോഗത്തിനും വഴി കാണിക്കുന്നത് ഭക്തി ജ്ഞാനത്തിന് പുറകിലും നിൽക്കണം കർമ്മത്തിന് പുറകിലും നിൽക്കണം അപ്പോഴേ ആ ജ്ഞാനമോ കർമ്മമോ പൂർണ്ണമാവുകയുള്ളൂ അപ്പോഴേ അത് യോഗമാവുകയുള്ളൂ അപ്പൊ ഭക്തി എന്താണ് ഭക്തിക്ക് പല വിധത്തിലെ അർത്ഥം പറയും സാധാരണ അമ്പലത്തിൽ പോകുന്നതും നാമം ജപിക്കുന്നതും ഭക്തിയാണ് ഭാഗവത ശ്രവണം ചെയ്യുന്നതും ഭക്തിയാണ് ഭാഗവതം വായിക്കണു ദിവസം ഭക്തി പക്ഷേ ഭക്തിയുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് അങ്ങനെ എളുപ്പത്തിൽ അങ്ങോട്ട് എടുത്ത് വ്യാഖ്യാനിക്കാൻ ഒന്ന് വയ്യ ത്യാഗരാജസ്വാമികൾ ഒരു കീർത്തനത്തിൽ പറയുന്നു തെളിയലേതു രാമ ഭക്തി മാർഗം യാഗരാജസ്വാമികളെ ചിലർ എനിക്ക് ഭക്തി മാർഗം എന്നാ വ്യാഖ്യാനം പണത് ഭക്തിയ ഭക്തി മാർഗം എന്നത് എനിക്കേ തരിലേങ്ക അനന്ത അനുഭൂതി മണ്ഡലം അത് അനുഭൂതി മണ്ഡലത്തില പല ഭാവങ്ങൾക്ക് എങ്ക പ്രിയം ഇരുക്കോ എങ്ക അഹങ്കാരം ഇല്ലയോ അങ്ങി ഭക്തി നമ്മ ഡെഫിനിഷനുക്ക് തകുന്നപടി ഇരിക്കാതാ ഇക്കലാം എവിടെ ചിത്തം അൽപ്പ വിഷയത്തിനെ വിട്ട് അനന്ത വിഷയത്തില് രമിക്കണോ അവടെ ഭക്തി ഉണ്ട് അൽപ്പേ സുഖമസ്തി ഭൂമ സുഖം അല്പവസ്തുക്കളെ വിട്ട് അനന്ത വസ്തുക്കൾ അഖണ്ഡാകാരമായ വസ്തുവിൽ ചിത്രം രമിക്കാൻ തുടങ്ങുമ്പോൾ ഭക്തി അനുസന്ധാനം തന്നെ ഭക്തി നേരിട്ട് കാണുന്നതിനെ കാണും ഭക്തി രാമകൃഷ്ണപ്രമവംസർ ഒരു ഉദാഹരണം പറയും രണ്ട് സഹോദരന്മാരായിട്ട് യാത്ര പോവാണ് അപ്പോൾ വഴിയിലൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ ഭാഗവതം നടക്കും അപ്പൊ അതിലൊരു സഹോദരൻ പറഞ്ഞു നമുക്ക് ഭാഗവതം കേൾക്കാൻ പോവാം എന്ന് പറഞ്ഞു മറ്റൊരാള് പറഞ്ഞു ഈ ഭാഗവതം കേൾക്കുന്നതിൽ എന്തിരിക്കണോ അവിടെ ഒരു നല്ല ഡാൻസ് നടക്കുന്നുണ്ട് നൃത്തമോ മറ്റോ നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഒരാള് നൃത്തം കാണാൻ പോയി ഒരാൾ ഭാഗവതം കാണാൻ പോയി ഈ നൃത്തം കാണാൻ പോയ ആള് എനിക്ക് ഭാഗവതം കേൾക്കാൻ പറ്റിയില്ലല്ലോ ഞാനിവിടെ ഈ ഒന്നുമില്ലാത്ത ഈ കൂത്ത് കാണാനായിട്ട് ഇവിടെ വന്നിരിക്കണമല്ലോ അവനവിടെ ഭാഗവതം കേൾക്കുന്നുണ്ടാവും ഭാഗവത കഥയിൽ എന്തൊക്കെ പറയണ ആവോ കൃഷ്ണകഥയൊക്കെ പറയുന്നുണ്ടാവും ഇങ്ങനെ ഭാഗവതത്തിനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ഇരുന്നു എന്നാണ് ഈ നൃത്തം കാണാൻ ആള് ഇത് ഭാഗവതം കേൾക്കാൻ വന്നു ഞാൻ അവിടെ നൃത്തം എന്തൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചവട്ടായി രാമകൃഷ്ണദേവന്റെ ഒരു കഥയാണ് ഒരു ഉപാഖ്യാണ് ഇതില് ഭാഗവതം കേൾക്കാൻ വന്നിട്ട് നൃത്തത്തിനെയും നൃത്തം കേൾക്കാൻ വന്നിട്ട് ഭാഗവതത്തിനെയും വിചാരിച്ചതല്ല ശ്രേഷ്ഠത അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പക്ഷേ ഇപ്പൊ ഗോപസ്ത്രീകളുടെ കഥയിൽ ഇന്നലെ പറഞ്ഞല്ലോ ചിലരെയൊക്കെ വീട്ടിലിട്ട് പൂട്ടിയിട്ടപ്പോ ദുസ്സഹപ്രേഷ്ഠവിരഹ തീവ്രതാപദുതാശുഭാഹ സഹിക്കവയ്യാത്ത വിരഹം കൊണ്ട് മറ്റു ഗോപികകളൊക്കെ കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്നുവല്ലോ ഞങ്ങൾക്ക് പോവാൻ സാധിച്ചില്ലല്ലോ കൃഷ്ണാനുഭവം ഉണ്ടാവണോ ഞങ്ങൾക്കുണ്ടായില്ലോ എന്ന് ചെയ്ത് ഈ കൃഷ്ണന്റെ അടുത്തേക്ക് വന്ന ഗോപസ്ത്രീകളെക്കാളും ഝടിതി അവർ വിമുക്തരായി അവർക്ക് എങ്ങനെ മുക്തിമാർഗം തുറന്നു കിട്ടിയ അനുസന്ധാനം തീവ്രേണ ഭക്തിയോഗേന അതിതീവ്രമായിട്ട് തീർന്നു അവർക്ക് അപ്പൊ ഭക്തിക്ക് ശരീരം മുഖ്യമല്ല ഭക്തിക്ക് ചിത്തമാണ് മുഖ്യം ഭഗവാന് വേണ്ടതും ചിത്തമാണ് ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു ഹേ ഭഗവാനെ അങ്ങയ്ക്ക് ഞാൻ എന്ത് തരും കരസ്തേ ഹേമാദ്രവും ഗിരീശ നികടസ്ഥേ ധനപഥവും അങ്ങേക്ക് കൈ ഇങ്ങനെ ശിവൻ കൈ നീട്ടിവെച്ചാൽ അവിടെ ഹേമാദ്രി അതായത് മേരു പർവ്വതം ഉണ്ട് അത്രേ സുവർണ പോയി നമ്മൾ വരെ സ്വർണം കൊടുക്കാൻ പറ്റുമോ നികടസ്ഥേ ധനപതൗ അടുത്ത് കുബേരൻ ഉണ്ട് എന്ത് വേണമെങ്കിലും കൊണ്ടുപോയി കാലിൽ വെച്ച് സമർപ്പിക്കും എല്ലാ സുഖസാമഗ്രികളും ഭഗവാനുണ്ട് ഭഗവാനെ ഞാൻ അങ്ങേക്ക് വന്നൊരു നാളികേരം കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ഭഗവാന്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനം ഉണ്ട് അത്ര എന്താന്ന് വെച്ചാൽ അതുകൊണ്ടാണ് അദ്ദേഹം ഭഗവാനായിട്ട് ഇരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അർത്ഥം മമ മനഹ എന്റെ അടുത്ത് ഒരു കുരങ്ങനുണ്ട് ഞാൻ ആ കുരങ്ങിനെ തരാം അസൽ കുരങ്ങനാണ് ഇങ്ങനെ ഒരു കഥ അദ്ദേഹം പറഞ്ഞു വിവേകാനന്ദ സ്വാമികൾ ആ കുരങ്ങനെ നല്ലവണ്ണം വർണ്ണിക്കുന്നുണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഒരു കുരങ്ങൻ ആ കുരങ്ങനെ തേളുകുത്തി കൊരങ്ങുന്നതിന് ചവലം കൊരങ്ങനൽപ്പം മദ്യപാനവും ചെയ്തു അപ്പൊ എങ്ങനെയുണ്ടാവും മദ്യപാനം ചെയ്ത കൊരങ്ങനെ ഒരു തേളും കൊത്തി തേളും കൊത്തി ആ കൊരങ്ങന്റെ മേലെ ഒരു പ്രേതവും കൂടിയെന്നാണ് സദാ മോഹാദവ്യം ചരതി യുവതീനം കുജഗിരൗ നടത്യാശാശാഖാസു അടതി ടി സ്വൈരമഭിത കപാലിൻ ഭിക്ഷോ മേ ഹൃദയകിം അത്യന്ത ചപലം ദൃഢം ഭക്യാ ബധ്വാ ഭവധീനം കുറവെപ്പം മേ ഹൃദയ കപിം അത്യന്ത ചപലം അത്യന്ത ചപലമായ ഒരു കുരങ്ങനാണ് എന്റെ മനസ് കൊരങ്ങനെ ഒരു കയറിന് കെട്ടി കുരങ്ങുകളിക്കാരൻ പിടിച്ചുകൊണ്ട് നടക്കും അപ്പൊ ആ കുരങ്ങനെ ആ കയറിന് നീളത്തിനനുസരിച്ച് കളിക്കുകയും ആടുകയും പാടുകയും ഒക്കെ ചെയ്യും അതുപോലെ ചിത്തം എത്ര വേണമെങ്കിൽ ഓടുകയും ചാടുകയും കെട്ടി അങ്ങയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കാം ഭഗവാന്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ചോളാം ചിത്തത്തിനെ ഭഗവാന്റെ അധീനത്തിൽ ഭവതു ഭവതർത്ഥം മമ മനഹ അങ്ങയുടെ പിടിയിലിരുന്നു കൊണ്ട് ഇത് ചാടോ ഓടും എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എനിക്ക് ഇതിന്റെ കൺട്രോൾ വയ്ക്കാൻ വയ്യ ഈ കൺട്രോൾ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കാവുന്ന നല്ല ഡ്രൈവറുടെ കയ്യിൽ കാറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സീറ്റിലിരുന്ന് ഉറങ്ങാം ഉറങ്ങുന്ന ഡ്രൈവറാണെങ്കിലും കുഴപ്പമാണ് നമുക്ക് സുഖമായിട്ടിരുന്ന് ഉറങ്ങാം അപ്പൊ ഇതാ ഭവതു ഭവതർത്ഥം മമ മനഹ മനസ്സ് ഭഗവാന് ബാക്കിയൊന്നും വേണ്ട ധാരാളം പുഷ്പം അർച്ചന ചെയ്യാനായിട്ട് ചിലർക്ക് അങ്ങനെയൊക്കെയാണ് ഭക്തി ഭക്തി ആരംഭിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒന്നും തെറ്റല്ല അങ്ങനെയൊക്കെ നമുക്ക് ഭാവം തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാവത്തോട് അർപ്പിക്കാം ഒന്നും തെറ്റില്ല പക്ഷേ ആചാര്യസ്വാമികളോട് അടുത്ത് പറയുന്നു ഇപ്പം ഭാവം പൂ പറിക്കാൻ വേണ്ടി മലയുടെ മേലക്കയറുന്നു മരത്തിന്റെ മേലക്കയറുന്നു വീണും കാലും കയ്യും പൊട്ടിക്കും കാട്ടിലൊക്കെ നടക്കുന്നു ഗഭീരേ കാസാരെ വിശതി വിജനെ ഘോര വിപിനെ വിശാലേ ശൈലേ ച്രമതി കുസുമാർത്ഥം ജഡമതി പുഷ്പം വരച്ചെടുക്കാനായിട്ട് കാട്ടിലുള്ള ഏതോ സരസിലും പലയുടെ മോളിലും അവിടെയും ഇവിടെയും ഉള്ളിലും കല്ലിലുമൊക്കെ പൂവറിക്കാനായിട്ട് നടക്കുന്നു ജഡമതിഹി ഒരേ ഒരു പുഷ്പം മതിയത്രേ ഭഗവാൻ സമർപ്പേകം ചേതസ് ഉമാനാഥഭവതേ സുഖേന അവസ്ഥാതും ജനയിഹന ജാനാതി കിമോ എളുപ്പവഴിയുണ്ട് ഈ മനുഷ്യർക്ക് എന്താ അറിയാത്തത് എന്താ എളുപ്പവഴി എന്ന് വെച്ചാൽ ചേതസ്സരസിജം മനസ്സാവുന്ന പുഷ്പത്തിന് ഭഗവാൻ കൊടുത്തിട്ട് സുഖമായിട്ട് ചുമ്മായിരിക്കാൻ ഈ ഭക്തനെ അറിയണില്ലല്ലോ മനമലർ കൊയ്തു മഹേഷ പൂജ ചെയ്യും മനുഷനും മറ്റൊരു വേല ചെയ്തിടേണ്ട അപ്പൊ മനസ്സിനെ ഭഗവാന് കൊടുക്ക മനസ്സിനെ ഭഗവാൻ കൊടുക്കുക എന്ന് വെച്ചാലോ അനുസന്ധാനം ഭഗവത് അഭിമുഖമായിട്ട് തീരാനർത്ഥം അനുസന്ധാനമാണ് ഭക്തി കാണുന്നത് പോലുമല്ല നന്തരാർ എന്നൊരു ഭക്തൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചിദംബരം എന്ന് കേട്ടു അന്ന് മുതൽ ചിദംബരത്തിലേക്ക് പോകണം എന്നാഗ്രഹം പണി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റും അദ്ദേഹത്തിന് യജമാനം സമ്മതിക്കില്ലേ പണി കഴിഞ്ഞിട്ട് പോവാനേ വയ്യ ദിവസം ആളുകളോടൊക്കെ പറയുക അത്ര എനിക്ക് ചിദംബരത്തിലേക്ക് പോകണം നടരാജനെ കാണും പല ആളുകളോടും ചോദിക്കും ചിദംബരത്തിലേക്ക് എങ്ങനെയാ പോകേണ്ടത് ഇതേതിന് പോകാനൊന്നും പറ്റില്ല വെറുതെ ചോദിക്കാൻ ഭക്തി എങ്ങനെയാണ് എവിടെയോ ഡൽഹിയിലേ ഇരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിലേ ഇരിക്കണു ഗുരുവായൂർന്ന് കേട്ടു ആരൊക്കെയോ ഗുരുവായൂർ പോയിട്ട് വന്നു ഗുരുവായൂർ എങ്ങനെയുണ്ടാവും ഗുരുവായൂരിലേക്ക് എങ്ങനെയാ പോവുക ഭാവന കൊണ്ട് തന്നെ ഗുരുവായൂരിലെത്തി ഗുരുവായൂരിൽ സാന്നിധ്യം എങ്ങനെയുണ്ടോ ഗുരുവായൂർപ്പനെ കണ്ടുവോ അവിടെ ഇരുന്നു ഈ പ്രിയം ഏർപ്പെടുമ്പോൾ അതിന്റെ സ്വഭാവം എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കേൾക്കാനുള്ള സുഖം പോലെ വിട്ടാനാം സ്ത്രീണാം വിട്ടാനാമി സ്ത്രൈണന്മാരായ ലൗകികന്മാർ അല്ലെങ്കിൽ ചില ചെറുപ്പക്കാരൊക്കെ ഇരുന്ന് സിനിമ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും സിനിമയിലെ ആക്ടർമാർ അവരാണ് ഇപ്പൊ ദൈവം കുറച്ച് തമിഴ്നാട്ടിലൊക്കെ അമ്പലമെ അത്ര കണ്ട് അനുസന്ധാനം അതിനോട് ഭാഗവതം പറഞ്ഞ അതുപോലെ ഭഗവത് കഥകളിലൊരു രുചിയും അത്ര അവരെത്ര കണ്ട് ലൗകികമായിട്ടിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമോ ആ ലൗകിക വിഷയം പറയുന്ന യാപ്രീതി അവിവേകാനാം വിഷയേഷു അനപായിനി ത്വാമനുസ്മരത സ്വാമി ഹൃദയാന്മാ അപസർപ്പത്തും വിഷ്ണുപുരാണത്തിൽ പ്രഹ്ലാദൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അവിവേകികൾക്ക് വിഷയങ്ങളിൽ എന്തൊരു പ്രീതി ഉണ്ടാവണോ അതുപോലൊരു പ്രീതി ഭഗവാനെ ഞാൻ അങ്ങനെ സ്മരിക്കുമ്പോൾ എന്റെ ചിത്രത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് അനുസന്ധാനം ഈ നന്ദനാറ് കുട്ടിക്കാലം മുതൽ നാളെ പോകും ചിദംബരത്തിലേക്ക് എല്ലാരോടും പറയൂ എത്ര ഹേ നന്ദ നീ എപ്പോ നാളെ പോവെ അവിടെ ചൊല്ലി ചൊല്ലി അവർക്ക് തിരുനാളെ പോവാർ അപെ പേര് ഒന്തു നാളെ പോവും നാളെ പോകുന്നു അദ്ദേഹത്തിന് പേര് തന്നെ ആളുകളെ നാളെ പോകുന്ന തിരുനാളിൽ പോവാർ നീണാർ എത്ര കാലം അങ്ങനെ നാളെ പോകും നാളെ പോകും നാളെ പോകും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവസാനം ആ യജമാനൻ പറഞ്ഞു ധാരാളം വയൽ കാണിച്ചു കൊടുത്ത് ഇത് മുഴുവൻ ഉഴുത് മറിച്ച് എല്ലാം ഏർപ്പാടാക്കി സിദ്ധമാക്കിയിട്ട് പോയിക്കൂടാം ദൈവത്തിനാണെങ്കിലോ തിരുവാതിര സമയത്ത് ചിദംബരത്തിലെത്തണം കൊതി മൂത്ത് കഴിഞ്ഞു ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ആളും അങ്ങനെ എന്നാൽ അദ്ദേഹം പറഞ്ഞു വെള്ളത്തില് അമർത്തിപ്പിടിച്ച കഥ അല്ലെ അത് രാമകൃഷ്ണദേവൻ പറഞ്ഞൊരു കഥയാണ് അല്ല വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിലുള്ള കഥയൊന്നുമല്ല പക്ഷെ നമ്മളിങ്ങനെ മഹാത്മാക്കളുടെ കഥകളൊക്കെ പറഞ്ഞു വരുമ്പോ ആളുകൾ ഇങ്ങനെ മാറി മാറി കൈമാറി കൈമാറി വരുമ്പോ ഹിസ്റ്ററി ഒന്നും നമ്മൾ നോക്കില്ല നമ്മളുടെ കഥ തന്നെ മാറിപ്പോകും എന്നെ തന്നെ ചിലപ്പോ ചില ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഞാനേ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത കഥകൾ എന്നെ കുറിച്ച് പറയും അപ്പോ രാമകൃഷ്ണദേവൻ പറഞ്ഞൊരു കഥയാണത് ഒരു ഗുരു ശിഷ്യനെ വെള്ളത്തിൻ്റെ അടുത്ത് അമർത്തിപ്പിടിച്ചു ഇത്രയധികം ശ്വാസം മുട്ടൽ നിനക്ക് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി വരികയാണെങ്കിൽ അപ്പം നിനക്ക് ഭഗവാനെ കിട്ടും ഉത്കടമായി എന്നുവെച്ചാൽ നീ ജീവിക്കാൻ വയ്യ ജഷാണോ ഇവ തോയം ഭാഗവതം പറയണത് വെള്ളത്തിൽ നിന്ന് മത്സ്യത്തിനെടുത്ത് പുറത്തിട്ടാതെ ഇരിക്കുമോ അതുപോലെ ഭഗവാനെ വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ എനിക്ക് ജീവിക്കാൻ വയ്യാ എന്നാണ് അതുപോലെ ഒരു ഉത്കടമായ ഒരു ഭക്തി ഒരു ഭാവം നന്ദനാർക്ക് ഇനി ചിദംബരത്തിൽ പോവാതിരിക്കാൻ വയ്യ ആ ഒരു സ്ഥിതി എത്തിയപ്പോഴാണ് ഈ യജമാനം പറയണത് മുഴുവൻ കൊയ്തിട്ടാൽ ഞാൻ പോവാം പോയിക്കൊള്ളാം രാത്രി മുഴുവൻ ഭഗവാനോട് കരഞ്ഞു അത്ര എനിക്ക് വരാൻ പറ്റുമോ അങ്ങോട്ട് എനിക്ക് കാണാൻ പറ്റുമോ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട് എനിക്ക് പാടാൻ അറിയില്ല തരും ആമാ തരും വരുക വളരെ പ്രസിദ്ധമായ കീർത്തനം വരുക ഐയാലാമോ ഐയാൽവന്റാടവും പാടവും വരകലാമോ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് എനിക്ക് ഭഗവാനെ സ്തുതിക്കണം പാടണം എന്തിനാ വരേണ്ടത് എന്ന് വെച്ചാൽ ഭഗവാന്റെ ആനന്ദ താണ്ടവം എനിക്ക് കാണണം പരമകൃപാനിധി അല്ലവോ ഇന്ദ വോ നീ പരമ കൃപാനിധി അല്ലവോ ഇന്ദ ഞാനൊരു പറയനായിട്ട് ജനിച്ചു ഭൂമി എനിക്കങ്ങോട്ട് വരാൻ നോക്കുമോ ഭൂമിയിൽ പുലയനായി പിറന്തേനേവൊരു പുണ്യം ചെയ്യാമൽ സ്വാമി സന്നിധി അടന്തേനേ ഭവ സാഗരം തന്നയും കടന്തേനേ ഭഗവാന ഊരു ഊരു അത് ഒരേ ഒരു പാട്ട് ഒരേ കീർത്തനും ഗോപാലകൃഷ്ണ ഭാരതിയോട് ഭാവനയായിരുന്നാലും കൂടെ നന്ദനാരോട് അന്ത ഭാവം വരലാമെ പാകലമ പരമാനന്ദ താണ്ടവം കാണ എനക്ക് കിടക്കമാ അടിയേ ഉരുി ഉരുി ഉരു ഒരേ ഒരു വാട്ടി തോന്നാറോ അവാസ്റ്റ് ഒരു പ്രാവശ്യം ചിദംബരത്തിലെ പോയി അവിടെ അവസാനിച്ചു തില്ല കലവർ തരുംപിയും വരുവാരോ ഒരേ ഒരു പ്രാവശ്യം ഭഗവാന്റെ സന്നിധിയിൽ ഗുരുവായൂരപ്പനെ കാണം കാണം കാണം കാണം ജീവിതം മുഴുവൻ കൊതിച്ചാൽ ഗുരുപ്രാവശ്യം വന്ന് കണ്ട ഗുരുവായൂരപ്പനെടുത്ത് ആ ഭക്തനെ വിഴുങ്ങിക്കളെ അങ്ങനെ ഒരു ഭക്തൻ കിട്ടില്ലേ എന്ന് കാത്തുകൊണ്ടിരിക്കുക ഭഗവാൻ അപ്പൊ അനുസന്ധാനം അപ്പൊ ഈ നന്ദനാർക്ക് അനുസന്ധാനത്തിന് കാരണമായതാരാ ഈ യജമാനം തന്നെ പോവരുത് തടസ്സം ചെയ്യാൻ ഒരാൾ വേണം ഭക്തി പലപ്പോഴും പ്രബലമാവണമെങ്കിൽ നീ ജപിക്കാൻ പാടില്ല പറയണം വീട്ടിൽ ഒരാൾ ഇരുന്നിട്ട് ഭാഗവതത്തിന് പോകരുത് എന്ന് പറയണം ആരാധന ചെയ്യരുത് ഭഗവാൻ തന്നെ ഏർപ്പാടാക്കി കൊടുക്കും ഇതിനൊക്കെ ഇതൊക്കെ ഭക്തിക്ക് പോഷകം ഭഗവാൻ തന്നെ ഏർപ്പാടാക്കി കൊടുക്കും ഭട്ടതിരീവ് തന്നെ പറയേണ്ടത് എന്റെ വീട്ടിൽ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏട്ടൻ പാപോയം കൃഷ്ണരാമേരി അഭിലപൻ നിജം ഗൂഹിത്തും ദുശ്ചരിത്രം നിന്ദിക്കുന്നവരും വേണം എന്നാണ് അപ്പോഴേ ഭക്തി പക്വപ്പെടുകയുള്ളൂ ചീത്ത പറയുന്ന ആളുകൾ വേണം നിന്ദിക്കുന്ന ആളുകൾ വേണം ഭക്തി ചെയ്യരുതെന്ന് പറയുന്ന ആളുകൾ വേണം ത്യാഗരാജസ്വാമികളുടെ വിഗ്രഹത്തിനെ കൊണ്ടുപോയി കാവേരിയിലിട്ടു ഏട്ടൻ ത്യാഗരാജസ്വാമി രാമനോട് പാടിയ പല കീർത്തനങ്ങളും ഇന്ന് നമുക്ക് കിട്ടുന്ന പല കീർത്തനത്തിനും കാരണം ഏട്ടനാണ് ആ ജ്യേഷ്ഠൻ ഇല്ലെങ്കിൽ ഈ കീർത്തനമൊന്നും വന്നിട്ടുണ്ടാവില്ല അദ്ദേഹം ഓരോ ഉപദ്രവം ചെയ്യുമ്പോഴും ഓരോ കീർത്തനവുമായിട്ട് വരും ഒരു കീർത്തനത്തിന് പറയുന്നു രാമാൻ സുഗ്രീവനെ രക്ഷിച്ചുവല്ലോ ഞാനും ഒരു സുഗ്രീവനല്ലേ എന്നാണ് എന്റെ സുഗ്രീവനെ ബാലി ഏട്ടനിൽ നിന്ന് രക്ഷിച്ചു ഞാനൊരു നല്ല കണ്ഠം ഗ്രീവം എന്ന് വെച്ചാൽ കണ്ഠം നല്ല ശാരീരമുള്ളവനല്ലേ ഞാനും എന്നെ രക്ഷിച്ചൂടെ എന്നാണ് സുഗ്രീവനെ രക്ഷിച്ച പോലെ ഞാൻ ലോകത്തിന് വേണ്ടിയാണോ പാടുന്നത് ലോകമേ അറിയില്ല അല്ലേ ഇപ്പൊ പ്രഭാഷണം ചെയ്യാൻ വന്നിരുന്നാൽ കേൾക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അതുമാത്രമാണ് ശ്രദ്ധെങ്കിൽ പിന്നെ ഒക്കെ പോയി പോകും യാഗരാജ കീർത്തനങ്ങൾ ഇന്നും അലൗകികമായി ഇരിക്കണമെന്ന് വെച്ചാൽ രാമനെ മാത്രമേ നോക്കിയുള്ളൂ രസിക ശിരോമണി ദാശരഥൻ രാമനാണത്രേ രസിക ശിരോമിണി ആളുണ്ടോ ഇല്ലയോ ഒന്നുമല്ല രസിക ശിരോമണിയായി ഭഗവാൻ അവിടെ നിൽക്കുന്നു ആശതീര ദൂരദേശം മുഴുവൻ എന്റെ പേരൊക്കെ പ്രസിദ്ധമാക്കി രാമനെ പ്രചാരം ചെയ്തു എന്നല്ല രാമൻ ഓടി നടന്ന് ത്യാഗരാജനെ പ്രചാരണം ചെയ്തു നീ ഋണമൂതീർപ്പനാധരമാണ് എന്റെ കടം എനിക്ക് തീർക്കാൻ പറ്റുമോന്ന് ഈ അനുസന്ധാനം ഈ കീർത്തനങ്ങളൊക്കെ നോക്കിയാൽ ഒരു കച്ചേരിയിൽ എന്തൊക്കെ തന്നെ പാട്ടുകളുണ്ടെങ്കിലും ഒരു നാല് ത്യാഗരാജ കീർത്തനം പാടിയില്ലെങ്കിൽ കച്ചേരി ചെയ്യാവില്ല എന്താ ത്യാഗരാജ കീർത്തനത്തിലും ഉള്ള അതിലെന്തോ ജീവൻ ആ ജീവൻ എവിടുന്ന് വന്നു ത്യാഗരാജൻ തനീയ ഭഗവാനോട് ജൽപ്പനം ചെയ്തതാണ് കീർത്തനം അലത്തറത് തനിയെ അലത്തറത് താൻ ഭക്തി എല്ലാം മഹാനുകളെയും നിങ്ങ അപങ്ങൾ അഭംഗങ്ങളെയും തുക്കാറാമോ അഭംഗങ്ങളസി കൊച്ചി അപംഗങ്ങളും എങ്കിൽ കൊഞ്ച മീനിങ്ങോട് പുസ്തകം എടുത്ത് പാത്തേന കുടുംബത്തിലൂഹത്തിലെ യാരത് ഏതാവ അവ വന്ന കഷ്ടങ്ങൾ ഇല്ലേ അവ മനസ്സു ചഞ്ചല പട്ത് എല്ലാത്തി അത് പാണ്ഡുരംഗങ്ങി കദറി കദറി കദറി കദറി അഴുറത് അത് നമ്മൾ അഴറും യാരുടെ അഴറും നമ്മ അന്തര്യമികിതാ ഈശ്വര സർവഭൂതാ നാം ഹൃദയ അർജുന തിഷ്ടതി പ്രാമയൻ സർവഭൂതാണ് യന്ത്ര അവൻ താ കേ പോറാ അവൻതാ ബിൽ പോറാ നമ്മൾ തനിയെ ഉടക്കാൻ പേശിനോ അത് അന്തർ ഹൃദയത്തില് ഈശ്വരൻ തന്നെ കേക്ക പോ അത് ഈശ്വരൻ എന്ത ഭാവത്തിൽ വേണ വെച്ചു ആ തനിയെ അളത്തുന്നത് തക്തി ഭക്തനു കൃക്ക് ഒരു കാരണം എന്നാ തനിയെ പേശറാൻ തനിച്ച് ഇരുന്ന് എന്തൊക്കെയോ വരണോ ഭഗവാന രാമകൃഷ്ണ പരമാസരെ അതുകൊണ്ടാണല്ലോ ഭ്രാന്തി എന്ന് വിളിച്ചത് ആ അമ്മയുടെ മുമ്പില് കാളിയുടെ മുമ്പിൽ ഇരുന്ന് അമ്മയുടെ ഓരോ വർത്തമാനം പറയുക കരയ്യ ചീത്ത വിളിക്കുക അപ്പോ വർത്തമാനം കൃക്കെന്ന് വിളിക്കാതിരിക്കോ നമുക്കത് ആ മൂർത്തിയോ അതോ അവിടെ ഉണ്ടെന്നല്ലാത ഒന്നും ജീവനൊന്നും ഇല്ല നമുക്ക് ജീവാരാധന കാട്ടിക്കൊണ്ടേ ഇരിക്കും അവിടെ എങ്ങനെ നോക്കിക്കോ ആരൊക്കെ വന്നിട്ടുണ്ട് ഈ മൂർത്തിയോട് അല്പവും ശ്രദ്ധ വരാതിരിക്കാൻ കാരണം എന്താ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല വിനിമയമില്ല ആ വിനിമയമാണ് ഭക്തി ആ വിനിമയത്തിന് മൂർത്തി പോലും വേണമെന്നില്ല ഭാവം നേരിട്ട് കാണണം എന്ന് പോലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സങ്കൽപ്പം അനുസന്ധാനം തന്നെ ഭക്തി അനുസന്ധാനത്തിൽ ഭഗവാനെ കാണണം കാണണം കാണണം എന്നുള്ള ഭാവം ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നാൽ അതിനുവേണ്ടി തന്നെ ഭഗവാൻ ഭക്തന്മാരെ കുറച്ച് ദൂരത്തിൽ വയ്ക്കും അപ്പൊ അവർക്ക് മനസ്സ് രൂഢമായിട്ട് തീരും ഭഗവാനിൽ ആഴത്തിൽ പതിയും ദൂരത്തിലിരിക്കുമ്പോ ഭഗവാൻ തന്നെ ആ നിയമം ഇനി ബ്രഹ്മഗീതത്തിൽ പറയാൻ പോകുന്നു ദൂരതവനായിട്ടുള്ള പ്രേഷ്ഠനിൽ മനസ്സ് എത്ര കണ്ട് ലഗ്നമാവുമോ അത്ര കണ്ട് അടുത്തുവന്ന ഇത്രയും പറഞ്ഞത് നാരദ മഹർഷി കംസനോട് ചെന്ന് പറഞ്ഞു വസുദേവപുത്രനായ കൃഷ്ണൻ ഗോകുലത്തിൽ വളരുന്നു വരജഭൂമിയിൽ വളരുന്നു കൃഷ്ണനെ വധം ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ കംസനാക്കി ഒരു യാഗം നടത്തുന്നു ധനു യാഗം അത് കാണാൻ എന്ന വ്യാജേന കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാനായി ആരെ പറഞ്ഞേക്കണം അക്രൂരൻ അക്രൂരനെ വിളിച്ചു പറഞ്ഞു ചെല്ലാം അവിടെ ചെന്ന് കൃഷ്ണനെയും ബലരാമനെയും വിളിച്ചുകൊണ്ടുവരാം അക്രൂരർക്ക് ഇത്രയും വർഷമായി അനുസന്ധാനമാണ് കൃഷ്ണദർശനം എനിക്ക് കിട്ടുമോ കൃഷ്ണൻ വ്രജഭൂമിയിൽ വളരുന്നുണ്ട് എന്ന് അക്രൂരർക്കറിയാം ആരോടും വണ്ടിയിലെ ഉള്ളിലെ ധ്യാനം എപ്പോ കാണാൻ കഴിയുവാവോ എപ്പോഴാണോ ആ ദർശനം ഉണ്ടാവാൻ പോണത് ആ അനുസന്ധാനത്തോടെ ഇരിക്കുന്ന അക്രൂരരെ വിളിച്ചിട്ട് കംസൻ പറയുന്നു നാളെ ചെന്ന് വ്രതത്തിൽ കൃഷ്ണനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടുവരൂ കംസൻ എത്ര വലിയ മഹാത്മാ ഒരു നമസ്കാരം അക്രൂരോപിജതാം രാത്രി മധുപുര്യാം മഹാമതിഹി ഉഷിത് രഥമാസ്തായ പ്രയയൂ നന്ദഗോകുലം അക്രൂർ ആ രാത്രി ഇത്രയും ദിവസം മധുരാപുരിയിലാണ് കഴിഞ്ഞത് ഇപ്പൊ എന്താ പ്രത്യേകിച്ച് രാത്രി മധുരാപുരിയിൽ കഴിഞ്ഞ് നേരം വിളിച്ചായപ്പോൾ അക്രൂരിൽ പുറപ്പെട്ടു ഇപ്പൊ എന്താ പറയുക രാത്രി പ്രത്യേകം മധുരാപുരിയെ പറയാൻ ആ രാത്രി അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഉറക്കമേയില്ല എന്താന്ന് വെച്ചാൽ നാളെ രാവിലെ നേരത്തെ വ്രജത്തിൽ ചെന്ന് കടനെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റു പോകുന്നു രാത്രി മുഴുവൻ രാവിലെ പോകണം ഭഗവാനെ കാണണം ഒരു ഭക്തൻ ഗുരുവായൂരിലേക്ക് വന്നു രണ്ടര മണിക്ക് നിർമ്മാല ദർശനം കാണാനായിട്ട് തീരുമാനിച്ചു മുറി എടുത്ത് ഇവിടെ കിടന്നു രണ്ടുപേരായിട്ടാ വന്ന് കിടന്നു കുറെ കാലമായി ആഗ്രഹിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് രാത്രി ഒരു ദർശനം കഴിച്ചിട്ട് വന്നു പക്ഷെ അകത്ത് കിടക്കാൻ പറ്റിയില്ല അപ്പോഴേ സീവലി സമയമായി പുറത്തുനിന്ന് നോക്കി രാത്രി മുറിയിൽ വന്ന് ഇവിടെ എവിടെയോ ലോഡ്ജ് എടുത്തു കിടന്നു അടുത്തു കൂടെ കൂട്ടിക്കൊണ്ടുവന്നാൽ കൂട്ടുകാരനാണ് പറയണത് കിടന്നിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്നു എന്നാണ് രണ്ടര മണിയായി ഇപ്പോഴല്ലേ കിടന്നിട്ടുള്ളൂ മണി പത്ത് മണിയായിട്ടുള്ളൂ പിന്നെയും കിടന്നു ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ടാവും എഴുന്നേറ്റിരുന്ന് രണ്ടര മണിയായി കുറേ ഒരു ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഈ കൂടെ വന്ന ആൾക്ക് ദേഷ്യം വന്നു മിണ്ടാതെ കിടക്കാൻ ഇനി ചോദിക്കരുത് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് പൊതിച്ചു കിടും നേരം വിളിച്ച രണ്ടര മണിക്ക് അലാം വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു മണി ആവുമ്പോ എഴുന്നേറ്റ് പോവാ മറ്റേ ആള് ഉറങ്ങി ഒരു ഒന്നൊന്നര ആയപ്പോ അലാം അടിച്ചു എഴുന്നേറ്റ് നോക്കി ഇയാളെ കാണാൻ അദ്ദേഹം കുളിച്ചിട്ട് വന്നു വന്നപ്പുണ്ട് നേരെ അദ്ദേഹം അവിടെ കുളിച്ചു നിൽക്കണു ദർശനത്തിനായിട്ട് മുമ്പില് എന്താ ചോദിച്ചു അല്ല എനിക്ക് ഉറക്കം വരാതെ ഞാൻ ഒരു പതിനൊന്ന് മണിയാവുമ്പോ അവിടുന്ന് പതുക്കെ വന്ന് ഇവിടെ വന്ന് കിടന്നു ഇരുന്ന് ഉറക്ക രണ്ടര മണിയായോ ഇതൊക്കെ വിചാരമേ ഉള്ളൂ ഈ അനുസന്ധാനം അക്രൂ രാത്രി ഉറക്കില്ല നേരം വിളിച്ചായ വ്രജത്തിലേക്ക് ചെല്ലണം ഞാൻ എന്ത് ഭാഗ്യം ചെയ്തു ഈ കംസൻ എനിക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തത് കംസോപതാദ്യ കൃതമേത്യനുഗ്രഹം ദ്രക്ഷ്യേ പ്രഹിതോ അമുനാഹരേ കൃതാവതാരുരത്യം തമഹാപൂർവേതരന്യൻ നഖമണ്ഡലത്വിഷ ഭഗവാൻ അവതാരം ചെയ്ത് വ്രതത്തിൽ കളിക്കുന്നു ഇത്ര ദിവസം കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല ഈ കംസൻ എനിക്ക് അനുഗ്രഹം ഞാൻ ചെന്ന് കാണാൻ പോകുന്നു ദൂരത്തിൽ നിന്ന് ഞാൻ ഭഗവാനെ കാണും സാക്ഷാത് വൈകുണ്ഠപതി ഇവിടെ ഈ രൂപത്തിൽ വന്നിരിക്കുന്നു ഞാൻ കാണാൻ പോകുന്നു എങ്ങനെ ഉണ്ടാവും ആ ദർശനം ഞാൻ ചെന്ന് ആ പാദത്തിൽ ചെന്ന് വീഴും അപ്യമൂലം ആർദ്രയാ ഭാവനയാണ് ചെന്നിട്ടില്ലേ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ അവിടെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുമ്പോ ഭഗവാൻ കരുണാകടാക്ഷം ചെയ്യും എന്റെ നേരെ മുരുഗനാഥ സ്വാമികൾ രമണഭഗവാൻ പാകവരത്തെ ഇവിടെതാണ് വരത്ത്ക്ക് മുന്നാടിയേ അരുണാചലേശ്വർ കോവിലേക്ക് ഇവർ വന്ന് പരി തമിഴ് കവി ആകണം അവ മാമനാർക്ക് ആശയ തമിഴ് പായ് അവാ മാമന ദണ്ടപാണി സാമീ പേര് അവർ പോയി അവർക്ക് തമിഴേ വരാത് ദണ്ടപാണി സാമിക്ക് മാപ്പിളയാവത് നന്ന തമിഴിലൊമ്പ പഠിച്ചവരാ വരണം ആശയ അവർ പോയി മുരുതനാർ കിട്ടണരുടെ അക്ഷരമണമാലയ കൊണ്ട് കൊടുത്ത ഇങ്ങെല്ലുമേ ഇട്ടി യജ്ഞപ്രസാദ അക്ഷരമണ മാർക്കടും മലയാളത്തിൽ പ്രിന്റ് പണിയ അക്ഷരമന അക്ഷരമണ മാ അത് പഠിച്ച അങ്ങോട്ടോ പാത്രത്തിലേന്ത് തനക്ക് തന്നോട് ഇഷ്ടം ഗുരുങ്ങ ഭാവം വന്നിട്ട് ഏഹ് മാണിക്കവാചകർ ഈശ്വരൻ ആൾക്കൊണ്ട മാറി തന്നെ ആൾക്കൊള്ള ഈശ്വരൻ വരുവ ഭാവം അരുണാചലേശ്വരർ കോവിൽ വര കോ എന്ന കൊണ്ടു പോലെ അങ്ങോട്ട് ദേശിക പത്തിക്കം അത് പാട്ടിലെ പാകിയേ അപിയേ രൂപ വർണ്ണന അർണിച്ചേ അത് രൂപ വർണ്ണന അത് പാട്ട എടുത്തിട്ട് തരാർ വരവർ മുര സ്വാമികളെ പിന്നാലെ കൈ നടുങ്ങ മുന്നാല പോണ ദർശനം കിടക്കുമോ തരുന്നത് യാറാവു ഉള്ള വിടുവാനോ തര അടുങ്ങി വന്നേ നര ഭഗവാൻ വാസിലേ നിക്കറ പഠിക്ക മുടേ എടുക്ക മുടേ പഠിക്ക മുടേ നാനേ പഠിക്കുന്ന കുടു അങ്ങി രാഗമാ പഠിപ്പറ മുന്നാലെല്ലാം ആട്ട് എടുത്തു വന്നതിലേ രാഗമെല്ലാം എനിക്ക് വരാഗമായിടുത്തോട് രാഗമെല്ലാം പോയി എടുത്തേ അത് അവനാൽ രാഗത്തിലായിരം പാട്ട് എഴുതിയാരേ തവരെ ഒന്നും പാടമ അത് പാട്ട് എടുത്തു വന്ന് പഠിക്കും അർശനത്തിക്ക് അപ്പുറം ഇവരാളെ തൊഴ മഡ്രാസ് പോകേ മുടാ രയിൽവേ സ്റ്റേഷൻ വരെ പോവ ട്രെയിൻ ഏറിട്ട് കുതിച്ചു വിടുവർ തൊഴ വാവ സമുദ്രം ആകർഷണം പാകത്തക്ക് മുന്നാടിയേ അത് ഭാവം വന്നിട പാത്ത അപ്പുറമില്ലേ ഹൃദയം നമ്മ ഇന്ദ്രിയത്തിനാല പാക്ക് രണ്ടോ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കറോ കണ്ണുനാലും കാതിനാൽ കേക്കരുത് ഇതൊക്കെല്ലാം ഓവർ ഇമ്പോർട്ടൻസ് ഹൃദയം ഹൃദയത്തിന്റിയും എങ്ക എങ്ക ബന്ധം എടുക്കുക അത് മുന്നാലയേ ഭാവത്തെ വളർത്തിഞ്ഞ് വിട്ടു ഹൃദയം പാത്താച്ച് എന്നാൽ കണ്ണാൾ പാകുന്നത് മുഖ്യമല്ലേ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതിനാണ് നമ്മൾക്ക് ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കുന്നത് കണ്ണുകൊണ്ട് കാണണം എന്നൊന്നുമില്ല എവിടെയോ അമേരിക്കയിൽ ഇരിക്കുന്നു ഗുരുവായൂരപ്പെന്ന് കേട്ട് ഹൃദയം ഒന്ന് പഠിച്ചാൽ കണ്ടു കഴിഞ്ഞു പിന്നെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ സെക്കൻഡറിയാണ് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോ പോലും ഈ ഹൃദയം വിടച്ചപ്പോ എന്തൊരു ഭാവം ഉണ്ടായോ ആ ഭാവം ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോ ഉണ്ടാവില്ല ഹൃദയം കണ്ടുകഴിഞ്ഞു ആ ശ്രവണ മാത്രത്തില് അതാണ് ചെവിക്ക് ഇത്രയധികം പ്രാമുഖ്യം ശ്രവണ മാത്രം കൊണ്ട് ഹൃദയത്തിലേക്ക് സന്ദേശം പോയി കഴിഞ്ഞു രണ്ടും ഒന്നാൾ കണ്ടുകഴിഞ്ഞു ഇവിടെ ഉള്ള ആള് അവിടെയുള്ള ആൾ കേട്ട ഉടനെ ഐഡന്റിഫിക്കേഷന് ഇവിടെ അക്രൂരർ ചെല്ലുന്നതിന് മുമ്പ് ഭഗവാനെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ പാദത്തിൽ ചെന്ന് കൈകൂപ്പി സാഷ്ടാംഗം ദണ്ഡ നമസ്കാരം ചെയ്യും അപ്യങ്കിമൂലെ അവഹിതം കൃതാഞ്ജലി മാമീക്ഷിത സസ്മിതം ആർദ്രയാദൃശ കരുണയോടുകൂടെ ഭഗവാൻ എന്നെ ആർദ്രമായ ഭാവത്തോടുകൂടെ എന്നെ നോക്കും അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എല്ലാം കൊണ്ടും പവിത്ര പവിത്രമാക്കപ്പെടും സുഹൃത്തമം യാതി അനന്യദൈവതം ദോർഭ്യം ബൃഹദ്ഭ്യം പരിരപ്യതേധമാം സാഷ്ടാംഗം വീണുകിടക്കുന്ന എന്നെ കൈപിടിച്ച് ഉണർത്തി കൃഷ്ണൻ ആലിംഗനം ചെയ്യും അങ്ങനെ ആലിംഗനം ചെയ്യപ്പെടുകയാണെങ്കിൽ ആത്മാർത്ഥീക്യതേ തേ ബന്ധശ കർമാത്മക ഉച്ഛസിദ്ധ്യത ഞാൻ തന്നെ തീർത്ഥീകൃതനായിട്ട് തീരും കർമാത്മകമായ സംസാര ബന്ധുവും അതുകൊണ്ട് വിച്ഛേദിക്കപ്പെടും ബന്ധശ്ശ കർമാത്മക ഉച്ഛസിത്യതഹ ലബ്ധാംഗസംഗം പ്രണതം കൃതാഞ്ജലിം മാം ഭക്ഷ്യതേ അക്രൂര തതേതി ഉരുശ്രവ ഭഗവാനെന്നെ നോക്കിയിട്ട് അക്രൂര എന്ന് പ്രിയമായിട്ട് വിളിക്കും ആ വിളി കേട്ടാൽ ഞാൻ പൂർണ്ണമായി ഞാൻ പവിത്രമായി ഞാൻ ശുദ്ധമായി ആ ഭക്തിക്ക് എത്ര തരളഭാവം ഭക്തിക്ക് എത്ര ആർദ്രഭാവം ഭക്തി എത്ര പവിത്രമാക്കുന്നു അക്രൂരാന്ന് വിളിച്ചാൽ ഞാൻ പൂർണ്ണമായിരുന്നു ഭഗവാൻ എന്നെ നോക്കി അക്രൂരം അങ്ങനെ അക്രൂരൻ ഭാവന ചെയ്തുകൊണ്ട് തന്നെ വൃന്ദാവ വൃന്ദാവന ഭൂമിയിലേക്ക് കടന്നു വൃന്ദാവന കാറ്റ് അക്രൂരരുടെ മേലെ സ്പർശിച്ചതും രോമാഞ്ചമുണ്ടായി വൃന്ദാവന മണ്ണ് മുമ്പിൽ കണ്ടതും ഹാ ഈ മണ്ണിലാണ് കൃഷ്ണൻ നടക്ക ഈ മണ്ണിലാണ് ബലരാമസമേതനായിട്ട് ഭഗവാൻ നടക്കുക ഭഗവാന്റെ പാദരജസാണ് പാദസ്പർശം ഏറ്റതാണ് പദനിതാഖിലോകപാലം കിരീടുഷ്ടാമല പാദരേണോ ദദർശഗോഷ്ടേശിതി കൗതുകാ വിലക്ഷിതാനി അവയവങ്കുശദ്യൈഹി തദ്ദർശനാഹ്ലാദവിവൃദ്ധസംഭ്രമ പ്രേം അശ്രുകുലാക്ഷണ രഥാ അവസ്കു അചേത പ്രഭോ അമൂനി അഘ്രിരജസി അഭോ അവിടുന്ന് രജസ് വൃന്ദാവനമണ്ണകോടു കൂടെ രഥാ അവസ്ക സേഷു അചേത തേരിൽ നിന്ന് ചാടി ഇറങ്ങി ആ മണ്ണിൽ കിടന്ന് പെരണ്ടുവന്നാണ് ഉരുണ്ടു ആ മണ്ണിൽ ഉരുണ്ടു കൊണ്ടു പറഞ്ഞു പ്രഭോഹോ അമൂനി അഘ്രിരജാംസി അഹോ ഇതി എന്റെ പ്രഭുവിന്റെ പാദരജസാണത് എന്റെ പ്രഭു നടന്നിട്ടുള്ള മണ്ണാണത് പ്രഭോഹോ അമൂനി അഘ്രിരജ രജാംസി ശരീരം ധരിച്ചവർക്ക് ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്തുകൊണ്ട് ഭഗവാനെ ഓർമ്മിപ്പിക്കുന്ന ലിംഗം ഭഗവാനെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അപ്പൊ ഭാവാവേശം ഉണ്ടാവാം ദൂരത്ത് നിന്ന് ദദർശകൃഷ്ണം രാമം ചോദോ വജ ഗോഹോ ഗോദോഹനം ഗതൗ കിശോരൗ ശ്യാമശ്വേതൗ ശ്രീനികേതൗ ബൃഹദ്ഭുജ സുഖം സുന്ദരവരൗ ബാലദ്രുരജവിക്രമ ധജവജ്രാങ്കുശാഭോജി ചിന്നിതൈ അങ്കൃഭിർവജം शोभय महात्मानौक्रोशस्मित उदार रुचिरावाद्यौ जगद्धेतू उदारुचिरावाद उदार रुचिक्रीडौ स्रग्न वनमानौ पुण्यगंधालिप्तांगौ स्नाजवासौ प्रधानपुरौ जगधेतु जगत्पति <clears throat> अवतीर्ण जगत्ये स्वांशेन बल ബലരാമനെയും ഭഗവാനെയും മുമ്പിൽ കണ്ട് പാദത്തിൽ ചെന്ന് വീണു കൃഷ്ണൻ അക്രൂരരെ കൈപിടിച്ച് ഉണർത്തി ആലിംഗനം ചെയ്തു കൂട്ടിക്കൊണ്ടു ചെന്നു ആതിഥ്യ കഴിച്ചു സുഖം കൗശലം കുശലം ചോദിക്കുകയാണ് സുഖം അക്രൂരർ പറഞ്ഞു കംസൻ ഭരിക്കണ രാജ്യത്തിൽ എന്ത് സുഖം സുഖത്തിനെക്കുറിച്ച് എന്ത് പറയാനാണ് വളരെ പെട്ടെന്ന് അക്രൂകളുടെ ആഗമനവും കൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു ഒപ്പിച്ചു ശ്രീ സുഖബ്രഹ്മഹർ അല്ലെങ്കിൽ അത് മുഴുവൻ വർണ്ണിക്കേണ്ടി വരും അത് മഹാദുഃഖമായിട്ട് തീരും വരജഗോപികൾ ഈ വാർത്ത അറിഞ്ഞ് ബ്രഹ്മാവിനെ കുറെ ചീത്ത വിളിച്ചു ഹേ ബ്രഹ്മാവേ അങ്ങയ്ക്ക് ബുദ്ധിയില്ല ഞങ്ങളുടെ ജീവിതവും വെച്ച് അങ്ങ് ഇങ്ങനെ കളിക്കുകയാണ് കുട്ടികൾ മണ്ണുകൊണ്ട് കൂടാരെ നിർമ്മിക്കും വീടുകൾ നിർമ്മിക്കും അഞ്ചു മിനിറ്റ് അത് വെച്ച് കളിച്ചൊക്കെ തട്ടിത്തെറുപ്പിക്കും അതുപോലെ ഞങ്ങളെയൊക്കെ കൂടെ മൈത്രി ഭാവത്തോടുകൂടെ സംയോഗം ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇപ്പൊ ഒക്കെ പെരിക്കാണ് അഹോ വിധാതഹ തവൻ അച്ഛി ദയാ അല്പം പോലും ദയയില്ലാത്ത പണിയാണല്ലോ ഈ കാണിക്കണത് ഈ വന്നിരിക്കുന്നവൻ ആരാണോവോ അക്രൂരെന്ന് പേര് വെച്ചത് അവൻ അതിക്രൂരനാണ് ചക്ഷൂർ ഹി ഞങ്ങളുടെ കണ്ണു പറിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് കുറേ കരഞ്ഞു ഭഗവാൻ അവരെയൊക്കെ സമാധാനം ചെയ്ത് ഞാൻ പെട്ടെന്ന് വരാം നിങ്ങളുടെ എന്നെ കാത്തുകൊണ്ടിരിക്കാൻ ഞാൻ പെട്ടെന്ന് വരാം എന്നവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അക്രൂരരുടെ കൂടെ രഥത്തിൽ കയറി കുറച്ചു ദൂരം ചെന്നു യമുനാ ജലത്തിൽ സന്ധ്യാവന്തനാദികൾക്കും സ്നാനത്തിനായിട്ട് അക്രൂരർ കുട്ടികളെ രഥത്തിൽ ഇരുത്തിയിട്ട് ചെന്നു യമുനയിലൊന്ന് മുങ്ങിയപ്പോ ബലരാമനും കൃഷ്ണനും വെള്ളത്തിൻ്റെ ഉള്ളിലെക്കാം കുട്ടികളെ അവിടെ ഇരുത്തിയിട്ടാണല്ലോ വന്നത് തല ഉയർത്തി നോക്കിയാൽ അവിടെ ഇരിക്കുന്നുണ്ട് വീണ്ടും വെള്ളത്തിൽ മുങ്ങി മുങ്ങിയപ്പോ അനന്ത ശിരസ്സുകളോടുകൂടെ ആദിശേഷം അതിൽ കിടക്കുന്ന നീലമേഘശ്യാവളനായ നാരായണനെയും അക്രൂരർക്ക് ദർശനം വികാരഭരിതനായി ഭാവാവിഷ്ടനായി അക്രൂരർ അവിടുന്ന് സ്തുതിച്ചുകൊണ്ട് തന്നെ വന്നു നതോസ്മ്യഹം ത്വാകിലഹേതുഹേതു നാരായണം പൂരുഷം ആദ്യം അവ്യയം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വരുന്നു തേത്തട്ടിലിരിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് വന്നപ്പോൾ കൃഷ്ണൻ ഉറങ്ങി വീഴാത്ത ഞാനൊന്നുമല്ല എന്നുള്ളൂ മട്ടല്ലേ എനിക്കൊന്നും അറിയില്ല ഇവിടെ ഈ ഭാവദർശനം കഴിഞ്ഞ് വരുമ്പോ കുട്ടികളെ തേരിലിരുന്ന് അമ്മാവ ഉറക്കം വരണം വശിക്കണം തേരോടിച്ചുകൊണ്ട് മധുരാപുരിയിൽ എത്തിയതും അക്രൂകരും നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭു എന്റെ ഗൃഹത്തിലേക്ക് വരണം ഞാൻ സമയമാവുമ്പോ വരാം ഇപ്പൊ ഞങ്ങൾ മധുരാപുരിയൊക്കെ ഒന്ന് കാണണ്ടേ സിറ്റി ഒന്നും കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ നാട്ടും പുറത്ത് വളർന്നതല്ലേ ഇപ്പൊ ഈ പട്ടണമൊക്കെ ഒന്ന് കാണട്ടെ കുറേ കാളവണ്ടിയിലൊക്കെ ആയിട്ട് ഗോപാലന്മാരൊക്കെ വന്നിരിക്കണം പട്ടണം കാണാനായിട്ട് അവരിങ്ങനെ നടന്നു ചുറ്റി നടന്നു മധുരാപുരിയിലുള്ള ജനങ്ങളൊക്കെ പുറകെ കൂടിയുണ്ട് പതുക്കെ പതുക്കെ ഇതാണ് കേട്ടോ വസുദേവരുടെ എട്ടാമത്തെ മകൻ ആര് പറഞ്ഞു കംസൻ തന്നെ എല്ലായിടത്തും പറയേണ്ടത് എല്ലായിടത്തും കംസൻ തന്നെ പ്രചരിപ്പിച്ചു എന്നാണ് ആരും പറയാൻ പാടില്ല വസുദേവരുടെ എട്ടാമത്തെ മകനാണെന്ന് ഒരാളും ഉണ്ടരുത് ദിവസം പറയാണ് കംസൻ കംസൻ തന്നെ എല്ലായിടത്തും പറയേണ്ട ഇതാണ് വസുദേവരുടെ എട്ടാമത്തെ പുത്തൻ സാക്ഷാത് ഭഗവാന്റെ അവതാരമാണ് ഇന്ന് പറഞ്ഞ പ്രജകളൊക്കെ ഇങ്ങനെ കൂടെ നടക്കണ്ട് കൃഷ്ണൻ നോക്കി എല്ലാം നല്ല പട്ടുവസ്ത്രം കൊടുത്തിരിക്കണു സ്രഗ്വിണ ഒക്കെ കഴുത്തിൽ മാലയൊക്കെ അണിഞ്ഞ് ഇവർ പാവം ഈ വ്രജഭൂമിയിൽ കോണ കൊടുത്ത് നടന്നതാണ് ഇവിടെ വന്നപ്പോ ഒക്കെ ഈ സിറ്റിയിലുള്ള ഡ്രസ്സൊക്കെ കണ്ടപ്പോ തനിക്കും ഒന്ന് പാന്റ് ഷർട്ടും ഒക്കെ ഇടണം എന്ന് ആളുകൾക്ക് തോന്നുമ്പോ നാട്ടിൻ പുറത്ത് നമ്മൾ മുണ്ടെടുത്ത് വന്നിട്ട് സിറ്റിയിൽ വന്നാൽ അപ്പൊ ഇവരൊക്കെ നല്ലവണ്ണം അലങ്കരിച്ചിരിക്കണു ഭഗവാൻ നോക്കി നമ്മൾ എന്തിനിപ്പോ കുറച്ചെല്ലാം വയ്ക്കണം കൃഷ്ണനെ എല്ലാം ഇഷ്ടമാണല്ലോ പല വിധത്തിലെ അലങ്കാര വസ്തുക്കൾ വേണം നമ്മുടെ ചോരൊരു ഇഷ്ടം കൂട്ടി ശേഖരുകൊണ്ടിരിക്കണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു ഗുരുവായൂരപ്പൻ ആരോ നല്ലൊരു ഉദ്യാനം കൊണ്ടുവന്നു അത്ര അപ്പോ അതവിടെ കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് കാണിച്ചു കൊടുത്തു അതാണോ കുഴപ്പം ആദ്യം തന്നെ കാണിച്ചു കൊടുത്തു ഗുരുവായൂരപ്പൻ അപ്പോ ഗുരുവായൂരപ്പൻ മേശാന്തി പറഞ്ഞു അത്രേ ഇന്നിപ്പോൾ ഉദ്യാനം കെട്ടിക്കഴിഞ്ഞു ഇത് നാളെ ആവാമെന്ന് പറഞ്ഞോത്രേ ഇത് നല്ല ഉദ്ധ്യാനം ആരും കണ്ടാ മോഹിച്ചു പോവും അദ്ദേഹത്തിന്റെ വാക്കാണ് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ എന്നുവെച്ചാൽ എല്ലാത്തിലും മോഹമാണ് എല്ലാത്തിലും ആഗ്രഹമാണ് അത്ര ഗുരുവായൂരപ്പൻ ആ ഉദ്യാനം നാളെ ആവാം എന്ന് ഈ ഉഡ്യാനം അങ്ങോട്ട് കൊണ്ടുപോയി കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് ഇടുപ്പിൽ കെട്ടിയതൊക്കെ അയച്ചിട്ടു അത് മുഴുവൻ ഉതിർന്നു ചോട്ടൽ വീണുന്ന് അപ്പൊ ഇപ്പൊ കൊണ്ടുപോയ ഉഡ്യാനം ഉടുക്കണം ഇപ്പൊ കൊടുക്കണമെന്നായി എല്ലാത്തിലും ആഗ്രഹമാണ് എന്നാൽ ഒന്നിലാഗ്രഹില്ല അദ്ദേഹം ഈ കഥ പറഞ്ഞു ഗുരുവായൂരപ്പൻ കഴിഞ്ഞ പ്രാവശ്യം ഭഗവത്ഗീത നടത്താൻ നിർബന്ധിച്ച് നമ്മളെ കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞിട്ട് ഈ കഥ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഗുരുവായൂർപ്പനോട് അടുത്ത ദിവസം പോകുമ്പോൾ വേണോ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ആഗ്രഹം ഉദ്യാണം എടുക്കണം കഴുത്തിൽ മാലയണോ യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനനോട് ഒരാൾ ഉഡ്യാനം കൊണ്ടുവരുമ്പോഴേക്കും അത് വേണം ഒരാൾ മാല കൊണ്ടുവരുമ്പോഴേക്കും അത് വേണം എങ്ങനെ വേണോ ഗുരുവായൂരപ്പാന്ന് ചോദിച്ചു അപ്പൊ ഗുരുവായൂർപ്പൻ രാവിലെ നേരത്തെയാണ് പോയത് അപ്പോ കോണ കൊടുത്ത് നിൽക്കുന്നുണ്ട് അതാണ് ദർശനം അപ്പൊ അങ്ങോട്ട് പോയത് അദ്ദേഹം മേശാന്തി ഒരാളെടുത്ത് കൊടുത്തയച്ചെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് അപ്പൊ കോണകം അയച്ചു തന്നു എന്നാണ് മെച്ചോളെ എന്നുവെച്ചാൽ എനിക്ക് കോണകവും വേണ്ട എനിക്ക് കൗബീനവും വേണ്ട തോന്നിട്ട് എനിക്ക് കൊണ്ടുവന്നു തന്നു അപ്പൊ ഉദ്ധ്യാനം വേണം ഭഗവാൻ എല്ലാം വേണം ഒന്നും വേണ്ട എല്ലാ വസ്തുക്കളും എനിക്ക് വേണം എന്ന് വേണ്ട ഒന്നും വേണ്ട എന്ന് ആര് പറയണോ അവന്റെ ആണ് മുഴുവൻ എന്ത് വേണമെങ്കിലോ ആവാം എന്നാ വേണ്ട അപ്പൊ ഇപ്പോ മധുരാപുരിയിൽ എല്ലാവരും എടുത്ത് നടക്കുമ്പോ തനിക്കും പട്ടി വസ്ത്രം തോന്നി ഇപ്പൊ ഇവിടെ സാധാരണ കടയിലൊന്നും പോകാൻ പാടില്ല കംസന് സ്പെഷ്യൽ തുണി ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം അങ്ങോട്ട് തന്നെ ഒരു രജകൻ അയാളോട് ചെന്ന് പറഞ്ഞു അമ്മാവ ഞങ്ങളുടെ അമ്മാവനെ ധനുര്യാഗത്തിന് വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു പട്ടുവസ്ത്രം വേണം എന്ന് പറഞ്ഞു ഓ എടയച്ചക്കന്മാര് നിങ്ങളൊക്കെ ഇപ്പൊ പട്ടുവസ്ത്രമേ കൊടുക്കുകയുള്ളൂ അയാൾ കുറെ അസഭ്യം പറഞ്ഞു അപ്പൊ ഭഗവാൻ തീരുമാനിച്ചു റീഫോർമേഷൻ ഇവിടുന്ന് തുടങ്ങണം ധർമ്മസ്ഥാപനം പ്രസിഡന്റിനില്ലാത്ത അഭിമാനം ചിലപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസിൽ പ്യൂണിന് ഉണ്ടാവും അവിടുന്ന് തൊട്ട് തുടങ്ങണം അയാളെ ഭഗവാൻ വധുന്ന് മനുഷ്യ അത്ര കണ്ട അഭിമാന അഹങ്കാരം എന്നാലും ശരിയാവും തദ്വാ പ്രാണിനാം വധ അഹങ്കാരത്തിനെ വധിച്ചാലാണ് ശരിക്കുള്ള വധാവ് നല്ലൊരു വസ്ത്രം എടുത്തു ഒരു തുന്നൽക്കാരൻ തുന്നിക്കൊടുത്തു അതൊക്കെ കൊടുത്തു പട്ടുവസ്ത്രം പീതാംബരം ധരിച്ച് തലയിൽ മയിൽപീലി വെച്ച് അവിടെ ഒരു മാലാക്കാരൻ പരമഭക്തനായ ഒരു മാലാക്കാരൻ സുധാമാൻ പേര് ആ മാലാക്കാരൻ മധുരാ പോയി മുഴുവൻ കൃഷ്ണന്റെ പുറകെ നടക്കേണ്ട അയാളുണ്ടല്ലോ അയാള് കൃഷ്ണനെ കാണാനൊന്നും പോയില്ല ദിവസം കൃഷ്ണനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് തന്റെ കുടീരത്തിൽ ഇരുന്ന് മാല ഉണ്ടാക്കി ഭഗവാന് അർപ്പിച്ചുകൊണ്ട് പരമവിനയാന്വിതനായി നമുക്കൊക്കെ പോയാൽ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിരിക്കുകയാണ് കൃഷ്ണൻ ആ വീട്ടിലേക്ക് കയറിച്ചു ആ ഗൃഹത്തിലേക്ക് കയറി ചെന്നു അവൻ എങ്ങനെ ഉണ്ടാവും ഈ ഭക്തൻ എങ്ങനെ ഉണ്ടാവും ഭക്തൻ ഹൃദയത്തിൽ ഭഗവാനെ വെച്ചുകൊണ്ട് നമ്മൾ പോയാൽ കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആള് നമ്മളുടെ വീട്ടിൽ കയറി എന്ന് എങ്ങനെയുണ്ടോ വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോ പ്രസംഗമൊക്കെ കഴിഞ്ഞ് രാമേശ്വരത്തിൽ വന്ന് ഇറങ്ങിയപ്പോ രാമേശ്വരത്തിൽ വലിയ ഒരു സദസ് അദ്ദേഹത്തിനെ സ്വീകരിച്ചു വണ്ടിയിലിരുത്തിയിട്ട് വണ്ടി വലിച്ചു രാമനാഥപുരം മഹാരാജാവ് വണ്ടി വലിച്ചു മദ്രാസിൽ വന്ന ഒരു പ്രസംഗം മദ്രാസ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഒരു സ്പെഷ്യൽ ട്രെയിനിൽ കൽക്കട്ടയിലേക്ക് കൊണ്ടുപോയി കൽക്കട്ട റെയിൽവേ സ്റ്റേഷനിൽ ആയിരം ആയിരക്കണക്കിന് ജനങ്ങൾ കൂടിയിരിക്കുകയാണ് അപ്പൊ രാമകൃഷ്ണദേവന്റെ മുഖ്യ ശിഷ്യന്മാരായ സന്യാസി ശിഷ്യന്മാരായിട്ടുള്ള ബ്രഹ്മാനന്ദ സ്വാമികൾ ശിവാനന്ദ സ്വാമികളും അങ്ങനെ കുറെ പേരും ഒക്കെ വരവേൽക്കാനായിട്ട് രാമകൃഷ്ണദേവൻ ഈ സന്യാസി ശിഷ്യന്മാരല്ലാതെ പല ശിഷ്യന്മാരുണ്ട് ഗൃഹസ്ഥ ശിഷ്യന്മാരുമുണ്ട് തന്റെ ശിഷ്യന്മാരിൽ ഒരു എട്ടു പേരെയോ മറ്റോ അദ്ദേഹം എന്ന് പറയുന്നത് വെച്ചാൽ അവരൊക്കെ നിത്യസിദ്ധന്മാരാണ് ഏതോ പ്രാരബ്ധം അല്ലെങ്കിൽ ലോകമംഗളത്തിനായിട്ടോ അവതരിച്ചവൻ പൂർണന്മാരാണ് ആ ഈശ്വര കോടികളായിട്ടുള്ളതിൽ ഒരു ചെറിയ കുട്ടി വന്നു ഒരു പതിനഞ്ച് വയസ്സ് ഉള്ളപ്പോ രാമകൃഷ്ണ പരമാംസരന്റെ പരിചയത്തിൽ വന്നു പൂർണ്ണചന്ദ്രഘോഷൻ പേര് ഇപ്പൊ രാമകൃഷ്ണദേവിന് ദേവി ദർശനം കൊടുത്തു പറഞ്ഞു മാത്രമേ ഈ പൂർണ്ണചന്ദ്രഘോഷ് വന്നതോടുകൂടെ പൂർണ്ണമായി എന്നുവച്ചാൽ അത്തരത്തിലുള്ള ഭക്തന്മാരുടെ ഇത് പൂർണ്ണമായി എന്നാണ് ഇനിയിപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ഭക്തന്മാരാരും വരില്ലാതെ ശരിക്കും എല്ലാ മഹാത്മാക്കൾക്കും ഗുരുക്കന്മാർക്കും ഭഗവാൻ അങ്ങനെ ഒരു ഇന്റൂഷൻ കൊടുക്കും എന്നാണ് അതായത് അവർക്ക് വാസ്തവത്തിൽ അവരാർക്കാണോ ഉപദേശം കൊടുക്കേണ്ടത് ആ അവർക്കും ആ ബന്ധം വരേണ്ടത് അങ്ങനെയുള്ളവരെ ഭഗവാൻ വ്യക്തമായി കാണിച്ചു കൊടുക്കും അവർക്ക് അതല്ലാത്തവരെ അവർക്ക് നല്ലവണ്ണം അറിയുകയും ചെയ്യും രാമകൃഷ്ണദേവൻ അതുകൊണ്ട് നല്ലവണ്ണം പറയണ്ട എനിക്ക് അമ്മ ഇന്ന ആളുകളെയൊക്കെ കാണിച്ചു തന്നൂ എന്ന് പൂർണ്ണചന്ദ്രഘോഷ് വന്നതോടുകൂടെ ആ ഒരു കാറ്റഗറി പൂർണ്ണമായി കഴിഞ്ഞു കഴിഞ്ഞു ഈ പൂർണ്ണചന്ദ്രഘോഷ് വലിയ പണക്കാരൻ അറിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് രാമകൃഷ്ണ പരമംശയുടെ അടുത്തേക്ക് വരാനൊന്നും വീട്ടുകാർ ശ്രദ്ധിക്കില്ല അദ്ദേഹത്തിന് പിന്നെ എങ്ങനെയാണ് വന്നു വെച്ചാൽ മാസ്റ്റർ മഹാശൈ എന്ന് പറയുന്ന രാമകൃഷ്ണ വചനാമൃത്വം എഴുതിയ ഭക്തൻ സ്കൂൾ മാഷായിരുന്നു അദ്ദേഹം സ്കൂളിൽ എന്തുന്ന് വെച്ചാൽ നല്ല ഭക്തിയുള്ള പക്കമുള്ള കുട്ടികളെ കണ്ട ഇന്റർവൽ സമയത്ത് രാമകൃഷ്ണ പരമംസര കൂട്ടിക്കൊണ്ടു പോകും കുട്ടികളെ പഠിക്കണ മാഷ എന്നാണ് പറയുക ഈ പൂർണ്ണചന്ദ്രഘോഷിനെ അങ്ങനെ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്തേക്ക് ഇദ്ദേഹം ഇടക്കിടക്ക് കൂട്ടിക്കൊണ്ടു അവസാനം വീട്ടുകാർ ഇത് അറിഞ്ഞിട്ട് തന്നെ മാറ്റി സ്കൂൾ മാറ്റിയിട്ട് രാമകൃഷ്ണദേവന് പൂർണ്ണചന്ദ്രഘോഷിനെ കാണാതിരിക്കാൻ പറ്റില്ല പൂർണ്ണനെ എങ്ങനെയെങ്കിലും കാണണം ആ സ്കൂളില് മുമ്പിൽ ചെന്ന് നിന്ന് ഇന്റർവൽ സമയത്ത് എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് മധുരപലഹാരങ്ങളൊക്കെ കൊടുത്ത് ഉപദേശമൊക്കെ കൊടുത്ത് പൂർണ്ണ ചന്ദ്രഘോഷനോട് വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ വിവാഹം കഴിക്കേണ്ട പ്രാരബ്ദം അദ്ദേഹത്തിന് വൈഷ്ണവഭാവമാണ് വിവേകാനന്ദന്റെ ശിവഭാവമാണ് ശിവഭാവം എന്ന് വച്ചാൽ ഒരു ജ്ഞാനഭാവമാണ് അദ്ദേഹത്തിന് വൈഷ്ണവഭാവം ഭക്തിഭാവമാണ് അതുകൊണ്ട് വളരെ മൃദുവാണ് സോഫ്റ്റ് ആണോ ഒന്നും വേണ്ടാന്നോ ഒന്നോ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ അദ്ദേഹത്തിന് പ്രവേശിക്കേണ്ടിയും വന്നു അതിൽ ചേർന്നു പോവാനും വയ്യ വളരെ വിഷമിച്ചു അദ്ദേഹം കുടുംബസ്ഥനായിരുന്നിട്ടും എന്നാലും വളരെ ഉയർന്ന തലത്തിൽ അനുഭൂതിയുടെ ഉയർന്ന തലത്തിലുണ്ടായിരുന്നു ഗൃഹസ്ഥാശ്രമത്തിൽ വിഷമിച്ച് വിഷമിച്ചു ഒരിക്കൽ അദ്ദേഹം കയറുകെട്ടി തൂങ്ങി മരിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോ മരിക്കുന്നതിന് മുമ്പ് രാമകൃഷ്ണ വചനാമൃതം ബംഗാളി രാമകൃഷ്ണദേവനൊക്കെ സമാധിയായി എത്രയോ വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം അധികം വയസ്സോ ഒന്നും ജീവിച്ചില്ല ഒരു മുപ്പത്തിയെട്ടോ മുപ്പത്തി ഒമ്പതോ വയസ്സോ എന്തോ ജീവിച്ചുള്ളൂ അതെ ആ രാമകൃഷ്ണ വചനാമൃതം എടുത്ത് ഒന്ന് തുറന്നു നോക്കിയിട്ട് പിന്നെ മരിക്കാം എന്ന് പറഞ്ഞാൽ ആ പുസ്തകം എടുത്ത് തുറന്നതും ഠാക്കൂർ എന്നാണ് പറയുക രാമകൃഷ്ണ നമ്മളിവിടെ സ്വാമി എന്നൊക്കെ പറയണ പോലെ തിരുവേനിന്നൊക്കെ പറയണ പോലെ ടാക്കൂർ പൂർണനെക്കുറിച്ച് ചിന്തിക്കുന്നു അതാണ് വാക്ക് വചനാമൃതം എടുത്തതും ടാക്കൂർ പൂർണനെ കുറിച്ച് ചിന്തിക്കണം അപ്പൊ ഭഗവാൻ എന്നെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇനി മരിക്കണം എന്ന് പറഞ്ഞ് പുസ്തകം അടച്ചു വെച്ചു ആ പ്രശ്നം അതോടുകൂടി അവസാനിച്ചു അദ്ദേഹത്തിന് ഈ പൂർണ്ണചന്ദ്രഘോഷ് റെയിൽവേ സ്റ്റേഷനിൽ വിവേകാനന്ദ സ്വാമിയെ ഒരു നോക്ക് കാണാനായി വന്നിരിക്കുന്നു ഇരുപതിനായിരം മുപ്പതിനായിരം ആളുകളുണ്ട് സ്റ്റേഷനിൽ എങ്ങനെ കാണും എവിടെയോ ദൂരത്തുനിന്ന് എത്തി നോക്കി സന്യാസി ശിഷ്യന്മാരും ഒക്കെ അവിടെ പോയിട്ടുണ്ട് ഇദ്ദേഹം വന്നത് ആരും ശ്രദ്ധിച്ചില്ല ജനങ്ങളുടെ നടുവിൽ നിന്ന് ദൂരത്തുനിന്ന് എത്തി നോക്കി അദ്ദേഹത്തിന് ഓഫീസിൽ പോകണം അതിനു മുമ്പ് സ്വാമിയെ ഒന്ന് മുഖം കാണിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞാണ് വന്നത് പക്ഷെ സ്വാമി കണ്ടുവോന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം തിരിച്ചു ചെല്ലുമ്പോ മനസ്സിലൊരു വേദന ഇത്രയും ആളുകൾ വന്ന് വിവേകാനന്ദ സ്വാമിയെ കാണുന്നുണ്ട് രാമകൃഷ്ണദേവന്റെ അടുത്ത ശിഷ്യന്മാരിൽ ആളാണ് പൂർണ്ണചന്ദ്ര അവരൊക്കെ സന്യാസികൾ സ്വതന്ത്രരായി ഞാൻ ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമത്തിലുമായി എനിക്കെന്റെ പ്രാരബ്ധം ഇനിയിപ്പോ ജോലിക്ക് പോണം സ്വാമിജി ഇതാ ദിഗ്വിജയം ചെയ്ത് രാമകൃഷ്ണ പരമവംസരുടെ ആ കൃപ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു ഇനി ആ ദിഗ്വിജയം ചെയ്ത് വന്ന് ട്രെയിനിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നു എനിക്കോ ദൂരത്തൊന്നും ഒരു നോട്ടം എനിക്ക് അടുത്ത് ചെന്ന് കാണാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയില്ല ഈ ഇരുപതിനായിരം പേരുടെ ഇടയിൽ അദ്ദേഹത്തിന് ഇനി എപ്പോ കാണാൻ കിട്ടുമോ സാധിക്കുമോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു കുളിച്ചു കുളിച്ച് ഈറനോടുകൂടെ ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോ വീട്ടിന് മുമ്പിൽ ഒരു കുതിര വണ്ടി വന്നു നിന്നു വിവേകാനന്ദ സ്വാമികൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി വരികയാണ് വീട്ടിലേക്ക് അപ്പോൾ വന്നിട്ടേ ഉള്ളൂ ട്രെയിനിന്ന് ഇറങ്ങി വരികയാണ് ഹേ പൂർണ്ണ ഞാൻ ദൂരത്ത് കണ്ടു എന്റെ അടുത്തു വന്ന് എന്നെ കാണാതെ നീ പോയല്ലോ എന്ന് പറഞ്ഞു പൂർണ്ണചന്ദ്രഘോഷ് കണ്ണീര് വിട്ടുകൊണ്ട് സ്വാമിയുടെ കാലിൽ വീണു സ്വാമിയെടുത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു പൂർണ്ണചന്ദ്രഘോഷന് സ്വാമിയെ കാണാൻ പറ്റാത്തതിൽ എത്ര വേദനയുണ്ടോ അതിനേക്കാളും കൂടുതൽ വേദനയോടാണ് പറയുന്നത് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇത്ര ആയിരം ആളുകളുണ്ടല്ലോ അതിൻ്റെ ഇടയിലൊന്നും പോയില്ല അതിന്റെ ഇടയിൽ പൂർണനെ എവിടെയോ കണ്ടിട്ടുണ്ട് തന്റെ അടുത്ത് വരാതെ പോയി ഈ തെരക്കിൻ്റെ ഇടയിൽ ആ സ്വീകരണ സ്ഥലത്തിലേക്കോ സ്വീകരണ സമ്മേളനത്തിലേക്കോ ഒന്നും പോയില്ല ഈ ഭക്തന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് കയറി അപ്പൊ ആ ഭക്തൻ എങ്ങനെ ഉണ്ടാവും ഇരുപതിനായിരം പേര് മുപ്പതിനായിരം പേർ കാത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് ആ വീട്ടിലേക്ക് കയറി വരും ഭഗവാൻ ഈ സുധാമാവിന്റെ വീട്ടിലേക്ക് പോണത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു ഇൻസിഡന്റ് നമുക്ക് മഹാത്മാക്കളുടെ കഥ വെച്ചുകൊണ്ടേ ഭഗവത് കഥ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും കഥയായിട്ട് പോവും അല്ലെങ്കിൽ ഭഗവത് കഥ നമുക്കൊന്നും പിടികിട്ടില്ലേ എന്തോ കഥ കൃഷ്ണൻ വന്നു എവിടെയോ നടന്നോ എന്തോ ആരോഗ്യമോ കണ്ടു എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ മഹാത്മാക്കളുടെ കഥ വെച്ചുകൊണ്ട് നോക്കിയാൽ നമുക്ക് അടുത്ത കാലത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അനുഭവം ഉണ്ടെങ്കിലേ ഈ ഭാഗവതം പിടികിട്ടു ഭാഗവത ഭാഗവതം നടന്നുകൊണ്ടേയിരിക്കണം ഭാഗവതം ഒന്നും ഒരു കാലത്ത് കഴിഞ്ഞുപോയ കഥയല്ല ഭാഗവത അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കണം അങ്ങനെ സുധാമാവനെ ഭഗവാൻ അനുഗ്രഹിച്ചു അദ്ദേഹം ചോദിക്കണത് കുചേലനായ സുധാമാവല്ല ഇതുവരെ മറ്റൊരു സുധാമാവ് അദ്ദേഹത്തിനോട് എന്ത് വരം വേണം ചോദിച്ചു സോതു ബൊ ഭക്തി അച്ചലമായ ഭക്തി ഭക്തന്മാരുമായിട്ടുള്ള സംഘം തരൂ വേറെ ഒന്നും ചോദിച്ചില്ലേ അങ്ങനെ അനുഗ്രഹിച്ച് ഭഗവാൻ വീതിയിലേക്ക് ഇറങ്ങി അവിടുത്തെ ആ ഒരു ദാസി അവൾ കംസന് അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നതാണ് അവളുടെ ജോലി അവൾക്ക് ത്രിവക്ര എന്ന പേര് ശരീരമൊക്കെ വക്രമാണ് കൂനി ശരീരത്തിൽ കൂനുണ്ട് അവൾ ഒരു സ്പെഷ്യലൈസ്റ്റാണ് ഈ കോസ്മെറ്റിക്സൊക്കെ ഉണ്ടാക്കണതാണ് പല വിധത്തിലുള്ള ചന്ദനം കൊണ്ടും മറ്റുമൊക്കെ പലതും ഉണ്ടാക്കി കംസന് ദിവസം രാവിലെ ആയാൽ കംസന അലങ്കാരം ചെയ്ത് ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിക്കൊടുക്കണം കുളിക്കില്ല നേര ചൊക്കെ അപ്പൊ ഇതൊക്കെ പൂശി കൊടുത്താൽ നാറ്റം പോകുന്നതാണ് വിചാരം ഇതൊക്കെ ഇവൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുപോവാണ് സൈരന്ധി അവൾ പോകുന്ന വഴിയിലാണ് കൃഷ്ണൻ വരുന്നത് അവളെ കണ്ടതും അവൾ ആശയോടെ കൃഷ്ണനെ നോക്കി അവളെ എല്ലാരും ത്രിവക്ര എന്നാണ് വിളിക്കുക അവളുടെ യഥാർത്ഥ പേരെ ആളുകൾ മറന്നുപോയി ത്രിവക്ര എന്ന മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് കൂനുള്ളവളെന്നർത്ഥം അങ്ങനെയാണ് എല്ലാവരും വിളിക്കുക ഭഗവാൻ അവളെ കണ്ടു ചോദിക്കുകയാണ് ഹേ സുന്ദരി നീ ആരാണ് ആരും അവളെ ഇതുവരെ സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല ഹേ സുന്ദരി നീ ആരാണ് ദാസ്യസ്മ്യഹം കംസ ദാസ്യസ്മേഹം സുന്ദര കംസസമ്മത ത്രിവക്രനാമാ അനുലേപ കർമ്മണി ഞാൻ കംസന് വേണ്ടി അനുലേപം കർമ്മം ചെയ്യുന്നവളാണ് ഞാൻ സൈലന്ത്രയാണ് ദാസിയാണ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ സുഗന്ധദ്രവ്യങ്ങളുടെ പെട്ടിയൊക്കെ കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് കൃഷ്ണനൊക്കെ അലങ്കരിച്ചു കൊടുത്തു എല്ലാം വേണം ആർക്കൊക്കെ എന്തൊക്കെ അലങ്കാരമുണ്ടോ ഒക്കെ തനിക്ക് വേണം അവളെ ഋജുവിൻ കത്തും മനസ്ചക്രയെ അവളുടെ കാലിൽ ഭഗവാൻ അങ്ങോട്ട് വെച്ച താടിക്ക് പിടിച്ചൊരു ഉയർത്തൽ ഒന്ന് പിടിച്ചു പൊക്കി പിടിച്ചു ആ വളവൊക്കെ നിവർന്നു അവൾ സുന്ദരിയായിട്ട് തീർന്നു ഭഗവാൻ സുന്ദരി എന്ന് വിളിച്ചു സുന്ദരിയായി അവിടുന്ന് ചെന്നു ധനുര്യാഗത്തിനായി ധനുസ് വില്ല് വെച്ചിട്ടുണ്ട് കംസന്റെ അഹങ്കാരത്തിന്റെ ചിഹ്നമാണ് ആ വില്ല് അതിങ്ങനെ കണ്ടതും ഭഗവാൻ നേരെ അങ്ങോട്ട് നടത്തും രാമായണത്തിൽ ഒരു ധനുർഭംഗമുണ്ട് ഇവിടെ കൃഷ്ണായണത്തിലെ ഒരു ധനുർഭംഗം രാമായണത്തിലെ ധനുർഭംഗം ശിവധനുഷാണ് അതിന്റെ ഗൗരവം രാമന്റെ ഭാവം ഒക്കെ അത് വേറെ ഒരു വിധമാണ് വിശ്വാമിത്രനാണ് വില്ല് കൊണ്ടുവരാൻ പറയേണ്ടത് രാമൻ വില്ല് കണ്ടില്ല രാമൻ വില്ല് കാണണമെന്ന് പറഞ്ഞില്ല അത് രാമന്റെ ഭാവം അങ്ങനെയാണ് രാമൻ വില്ല് കാണണമെന്നൊന്നും പറയില്ല കൃഷ്ണനാണെങ്കിൽ പറയും എന്താന്ന് വെച്ചാൽ ആ വില്ല് കാണുന്നതിന് എന്തിനാ സീതയെ വിവാഹം കഴിക്കാനാണ് അത് രാമൻ പറയില്ല കൃഷ്ണനാണെങ്കിൽ ഒരു നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും വില്ല എവിടെ ചോദിച്ചിട്ടുണ്ടാവും രാമന്റെ ഗൗരവത്തിന് രാമൻ വില്ല് കാണണമെന്നൊന്നും പറയില്ല വിശ്വാമിത്രനാണ് ധനുസ് കൊണ്ടുവരാൻ പറയണത് അപ്പോഴും നോക്കിക്കുക എന്നാണ് ഗൗരവമായിട്ടിരിക്കുക നോക്കിയാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും അതുകൊണ്ട് നോക്കിയില്ല അതാണ് രാമഭാവം വിശ്വാമിത്രൻ പറയുന്നു വത്സരാമധനുഷ് ഏ രാമ ധനുസിനെ നോക്കൂ പറഞ്ഞതും ഭഗവാന്റെ ആ ധനുർധാരിയായ രാമന്റെ ഒരു ഭാവത്തിൽ അപ്പോഴും ആ ഗൗരവത്തിലാണ് കണ്ടോട്ടെ സംസ്പൃശാമീഹാണിനാ ഞാൻ തൊട്ടു നോക്കട്ടെ എടുക്കട്ടെ യത്നമാനസ ഭവിഷ്യാമി തോരണേ പൂരണേ പി ഞാനത് കെട്ടെ എന്നൊക്കെ ഓരോ ചോദിച്ച് ആ ധനുസു കൊലച്ചപ്പോൾ ഭപഞ്ചധനുർ മധ്യെ ബന്ധിച്ചു അത് അത് പൊട്ടിപ്പോയി ഇവിടെ എങ്ങനെയല്ല നേരെ ചെന്നു ഇടത് കൈ കൊണ്ട് വില്ലെടുത്തു കരേണ വാമേന സലീല മുധൃതം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭപഞ്ച അത് പൊട്ടിച്ചു എങ്ങനെ ഒരു ആന കരിമ്പ് പൊട്ടിക്കണ പോലെ പൊട്ടിച്ചു ആക്രമിക്കാൻ വന്ന കാവൽ പടയാളികളെയൊക്കെ ഓടിച്ചുമുട്ടു ഈ വാർത്ത കംസന്റെ ചെവിയിലെത്തിയതോടുകൂടെ കംസന് കൃഷ്ണൻ വരുന്നതിന് മുമ്പ് തന്നെ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചുപോയോ പോവോ എന്ന് അണുപ്പഴി രാത്രി അപശകുനം ദുസ്വപ്നങ്ങൾ കിടന്നു കഴിഞ്ഞാൽ രാക്ഷസ ദർശനം ഒരു പ്രേതം ആലിംഗനം ചെയ്യുന്ന പോലെ ദർശനം എണ്ണത്തൊട്ടി കിടക്കുന്ന പോലെ ദർശനം രാവിലെ എണീറ്റോ ഉറക്കമില്ലാതെ വന്ന് ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോ അടുത്തിരിക്കുന്ന രാജ്ഞി ചോദിക്കുന്നു എന്താ മുഖം വാടിയിരിക്കണതെന്ന് ഏ അങ്ങനെയൊന്നുമില്ലല്ലോ അദ്ദേഹം മറക്കണമെന്ന് വിചാരിച്ചാൽ മറ്റുള്ളവർ വിടില്ല മറ്റുള്ളവർ മറന്നാ അദ്ദേഹം വിടില്ല അങ്ങനെയാണ് സമ്പ്രദായം അതായത് അദ്ദേഹം മറന്നാൽ മറ്റുള്ളവർ ചോദിക്കും കൃഷ്ണനെ ഒന്നും പേടിക്കണ്ടോ എന്ന് പറയും അപ്പൊ ഓർമ്മ വരും മറ്റുള്ളവർ മറന്നിട്ടുണ്ടെങ്കിൽ കംസം പറയും കൃഷ്ണൻ വസുദേവ പുത്രനാണെന്നും എന്നെ വധിക്കാൻ പോകണോ എന്നുള്ളത് നിങ്ങൾ മറക്കണം എങ്ങനെ പരസ്പരം ഭാവയന്താ അപ്പൊ ഈ രാജ്ഞി ചോദിച്ചത് മുഖം വാടിയിട്ടുന്നത് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു ഒരു ഒരു ദുശകുനമായ ഒരു ദർശനം അതെങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലായില്ല കഴുത്തുവരെ കണ്ണാടിയിൽ കാണുന്നുള്ളൂന്ന് തല കാണാനില്ല കണ്ണാടിയിൽ ശിരസിന്റെ അദർശനം ചിലപ്പോ ഈ കണ്ണാടി ഇത്തിരി പൊട്ടിപ്പോയിട്ടുണ്ടാവും ഇതുവരെ കംസന് അങ്ങനെ ഒരു അപശവിന് ദർശനം കണ്ണാടിയിൽ തല കാണാല്ലേ കഴുത്തുവരെയു ആകപ്പാട ഭയന്നു കാണുന്നവരെയൊക്കെ കൃഷ്ണമയമായിട്ട് കാണുന്നു കംസന് അത്തരത്തിലുള്ള സ്ഥിതി ആസീന പര്യട്ടൻ അശ്നൻ ശയാനഹ പ്രഭിപൻ ഭ്രുവൻ ചിന്തയാനോ ഋഷികേശം അപശ്യ തന്മയം ജഗത് കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം കാവൽ പടയാളികളോട് പറഞ്ഞു രംഗദ്വാരത്തിലെ കൂലയാപീടത്തിനെ നിർത്താം ആ വസുദേവ പുത്രന്മാരെ അകത്തേക്ക് കടത്തരുത് എന്നൊക്കെ ചട്ടം കിട്ടി എന്നാലും കൃഷ്ണനുള്ളിൽ പ്രവേശിക്കും ആന തടസം ചെയ്തു ആനക്കാരനോട് പറഞ്ഞു അമ്മാവ ആനയെ മാറ്റി നിർത്തു അംബഷ്ടംബഷ്ട മാർഗങ്ങളോ ദേഹി അപക്രമമാചരം വേഗം ആനയെ മാറ്റി നിർത്തു അല്ലെങ്കിൽ ആനയും താങ്കളെയും കൂടെ യമലോകത്തിലേക്ക് അയക്കും നയാമി യമസാധനം വീണ്ടും ആന മുമ്പിൽ വന്നു തുമ്പിക്കൈ കൊണ്ട് പിടിക്കുകയും തട്ടുകയൊക്കെ ചെയ്യും ആനയുടെ കാലിലിടെ കൂടെ പോയി തുമ്പിക്കൈയുടെ ആനയെ അടിച്ചു വീഴ്ത്തി രാമായണത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കോൺട്രാസ്റ്റ് യുദ്ധത്തിന് നിൽക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ അതുവരെ പ്രശാന്തമൂർത്തി പ്രസന്നം ഉദതി വാൽമീകി പറയും നല്ല നിറഞ്ഞ സമുദ്രം പോലെ യുദ്ധത്തിന് വരുമ്പോ ആ ധനുസ് അങ്ങനെ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്താ ത്രിപുരഘ്നം യഥാശിവം ത്രിപുരങ്ങളെ എരിക്കാനായിട്ടുള്ള രുദ്രൻ പിന്നാകം എടുത്തു പിടിച്ചിരിക്കുന്ന പോലെ എന്നാണ് എപ്പോഴും വാൽമീകി ഉദാഹരണം പറയാം വന കാടക്ക് കിടുങ്ങി വരയ്ക്കും പ്രാവ്യഥന്വരദേവതാഹ ഇവിടെ ഈ ആനയോടുകൂടെ യുദ്ധം ചെയ്യുമ്പോ പോലും സീരിയസ്നെസ് ഒന്നുമില്ല ആനയൊക്കെ കൊന്നു വീഴ്ത്തിയിട്ട് ആ കൊമ്പ് പിഴുത്തെടുത്തു പിഴുത്തെടുത്തപ്പോ കവികൽപ്പന ആ കൊമ്പിന്റെ പുറകിൽ നല്ല ആനയുടെ കൊമ്പിന്റെ പുറകിൽ മുത്തുകൾ ഉണ്ടാവും അത്ര കുറെ മുത്ത് കുതിർന്നു വീണപ്പോ ആനയെ യുദ്ധം ചെയ്തതാണ് ആളുകളുടെ നേരെ നോക്കലോ ആനയോട് ചണ്ട കൂടിയതിന്റെ സീരിയസ്നെസ് ഒന്നുമില്ല കൊമ്പ് പിടിത്തെടുത്ത് അവിടെ വെച്ചിട്ട് അവിടെ കുന്തിയിരുന്ന് ഭംഗിയായിട്ട് ഓരോ മുത്തായിട്ട് പെറുക്കി തുണിയിലിട്ടു എന്നിട്ട് കെട്ടിയിട്ട് കൂടെ സീതാമാവിനെ വന്നിട്ട് വന്നിട്ട് കൊണ്ടുപോയിട്ട് രാധികായ ഈ ദിശയെത്തിന്ന് പറഞ്ഞ് ഇത് ഒരു മാലയായിട്ട് കെട്ടിയിട്ട് രാധികയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ ആനയോട് കൂടെ ചണ്ട കൊടുമ്പോഴും അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഇതും കൂടെ കഴിഞ്ഞപ്പോ അകത്തേക്ക് കയറി ഓരോരുത്തർ ഓരോ വിധത്തിൽ കണ്ടു ഭഗവാൻ മല്ലാമി നൃണാം നരവര സ്ത്രീണ സ്മരോ മൂർത്തിമാൻ ഗോപാ സ്വജനോ അസതാം ക്ഷിതിഭുജാ ശാസ്താം സ്വപിത്രോ ശിശു മൃത്യുഭോജപദേ വിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ടീനാം പരദേവദേദി വിദിതോ രംഗം ഗത സാഗ്രജാം ബലരാമസ്വാമിയോടുകൂടെ ആ രംഗത്തിൽ കയറിയപ്പോ കണ്ട മൃദുവായി ശരീരം ബലരാമനെ കണ്ടാ തന്നെ ഗുസ്തിക്കാരനാണെന്ന് അറിയാം കൃഷ്ണനെ കണ്ടാതൊന്നും മനസ്സിലാവുന്നില്ല മൃദുവായ ആ ശരീരം അത് കണ്ടപ്പോ പക്ഷെ ഈ ആനയോടുകൂടെ ചണ്ടകൂടുന്നത് കണ്ടപ്പോ തന്നെ മുഷ്ടികൻ ചാണൂരൻ മുതലായിട്ടുള്ളവരൊക്കെ മനസ്സിലാക്കി ഇത് സാധാരണമല്ല മല്ലാനാം അസനിഹി മൃണാം നരവരഹ നല്ല മനുഷ്യർ വിചാരിച്ചു പുരുഷോത്തമൻ സ്ത്രീണാം സ്മരോമൂർത്തിമാത്രീകൾ പലരും ഗോപസ്ത്രീകളെ പോലെ ഭാവമുള്ളവർ ധരിച്ചു ഇത് മന്മഥൻ തന്നെ രൂപം കൊണ്ടുവന്നിരിക്കുകയാണ് സ്ത്രീനാം സ്മരോമൂർത്തിമാ ഗോപാനാം സ്വജനഹ ഗോപന്മാരൊക്കെ കൂടെ വന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ കൃഷ്ണൻ വിചാരിച്ച ഗോപാനാം സ്വജനഹ അസതാം ശിരിഭുജാം അസത്തുകളായിട്ടുള്ള രാജാക്കന്മാർ ജരാസന്ത കൂട്ടിലുള്ളവരുണ്ട് ഞങ്ങളെ ശാസിക്കാൻ ഇതാ ഒരാൾ വന്നിരിക്കണം ശാസ്താം വസുദേവർ ദേവകി മുതലായിട്ടുള്ളവർക്കും നന്ദഗോപർക്കും ഒക്കെ ഞങ്ങളുടെ കുട്ടി സ്വപിത്രോ ശിശുഹു കംസൻ എവിടെയിരിക്കുന്നുണ്ട് കംസൻ എവിടെ കൃഷ്ണൻ എവിടെ കൃഷ്ണൻ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് കാണിച്ചു കൊടുത്ത് അതാ വരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ നല്ല വെണ്ണം കണ്ണൊക്കെ തുടച്ചു നോക്കിയാൽ അദ്ദേഹത്തിന് ഒന്നേ കാണുള്ളൂ എന്താന്ന് വെച്ചാൽ ഒരു പോത്ത് പോത്തിന്റെ മേലെ ഒരാള് ഗത പിടിച്ചിരിക്കുന്നു കയ്യിലൊരു കയർ കിസനെ കാണാൻ വയ്യ മൃത്യുഹൂ ഭോജപദേ വിരാട് അവിദുഷാം അറിവില്ലാത്ത ആളുകൾ വിചാരിച്ച ഈ കൊച്ചുകുട്ടിയാണോ കംസനെ കൊല്ലാൻ പോണത് അവിലഹാരാച്ചത് വിരാട് അവിദുഷാം തത്വം പരം യോഗിനാം ഗർഗാചാര്യരെ മുതലായിട്ടുള്ള യോഗികൾക്ക് ഓ പരമാത്മതത്വം തന്നെ മൂർത്തരൂപം കൊണ്ടു വന്നിരിക്കുന്നു തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേ ടി വൃഷ്ടികൾ വിചാരിച്ചു ഞങ്ങളുടെ പരദേവത വന്നിരിക്കുന്നു ഇങ്ങനെ പലർക്കും ഏ യഥാമാം പ്രപദ്യേ താൻ തഥൈവ ഭജാമ്യഹം അവർക്ക് എങ്ങനെ ഭാവമോ അതുപോലെ അങ്ങനെ ദർശനം അങ്ങനെ ദർശനം കൊണ്ട് ഭഗവാൻ രംഗത്തിൽ കയറി കംസൻ പതുക്കെ മുഷ്ടികൻ ചാണൂരൻ ഇവരെയൊക്കെ പറഞ്ഞുവെച്ചു അവർ യുദ്ധത്തിന് വിളിച്ചു കുട്ടികളെ നിങ്ങൾ ഗുസ്തിക്ക് വരുമോ ഞങ്ങളോട് പറഞ്ഞു ബലരാമസ്വാമി ഒട്ടനെ തുണിയൊക്കെ എടുത്ത് ഇടുപ്പിൽ കെട്ടി തലയിൽ കെട്ടി റെഡിയായി കൃഷ്ണൻ പറഞ്ഞു അയ്യോ നിങ്ങളെ കണ്ടാലേ എനിക്ക് പേടിയാവുന്നു ഞങ്ങളൊക്കെ അവിടെ മാടുവെച്ച് നടക്കുന്ന പിള്ളേരെ ഞങ്ങൾക്കുണ്ടോ ഈ ഗുസ്തിയൊക്കെ അറിയണോ വിളിക്കരുത് എന്ന് പറഞ്ഞു നീ ആനയുടെ കൂടെ ഗുസ്തി ആന എങ്ങനെ മരിച്ചു എനിക്കൊന്നും അറിയില്ല അതെ എവിടെയോ വീണതാണ് അത് ഞങ്ങൾ പേടി ചോടാൻ നിൽക്കുമ്പോഴാണ് ഇപ്പം ആന ഞങ്ങൾക്കറിയില്ലാതാണ് ഇന്നലെ പോലും രസമായിട്ടൊരു കഥ പറഞ്ഞ ഒരാൾ തുളസീദാസും സൂർദാസും കൂടെ ഒരിടത്ത് തപസ് ചെയ്തു അത്ര നടന്ന കഥയൊന്നും ആയിരിക്കില്ല എന്നാലും ഒരു കഥ അപ്പോ ആന മതം പൊട്ടി വരണൂ എന്നാണ് അപ്പോ തുളസീദാസ് രാമനെ വിളിച്ചു രാമൻ ആനയിൽ നിന്നും തുളസീദാസിനെ രക്ഷിച്ചു ആനയെ കണ്ടപ്പോൾ സൂർദാസ് പേടിച്ചു ഓടി എവിടെയോ പോയി ഇരിക്കാത്തേ അപ്പൊ തുളസീദാസ് ചോദിച്ചു അത്ര സൂര്ദാസിനോട് എന്താ ഭഗവാനെ വിളിച്ചു ഞാൻ വിളിച്ചു പക്ഷെ എന്റെ ഭഗവാൻ നിങ്ങളെ മാതിരിയാണോ അത് ചെറിയ കുട്ടി ആനയെ കണ്ട അവൻ എന്റെ മുമ്പിൽ ഓടിയാ അവൻ എന്റെ മുമ്പിൽ ആനയെ കണ്ട് പിടിച്ചു എന്തി ഏത് ഭാവത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു ആ ഭാവത്തിൽ ഭഗവാൻ വരണം കൃഷ്ണഭാവമാണ് അദ്ദേഹത്തിന് കുട്ടിക്കൃഷ്ണനായിട്ടാണ് അപ്പോ കുട്ടിക്കൃഷ്ണൻ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ അങ്ങനെയാണ് ഹിന്ദിയിലെ അദ്ദേഹത്തിന്റെ പാട്ട് യശോദ പിടിച്ചു നിർത്തി കൃഷ്ണനോട് ചോദിക്കുക വെണ്ണ തിന്നു വെച്ചു മയ്യാമോ മാഖന കായേ ഞാൻ വെണ്ണയൊന്നും തിന്നിട്ടില്ല അമ്മ ബലരാമൻ പറഞ്ഞല്ലോ വെറുതെ കള്ളം പറയാണ് ഞാൻ തിന്നിട്ടില്ല അവസാനം കണ്ടുപിടിച്ചു എന്താന്ന് വെച്ചാൽ കൈയുടെ പുറകില് വെണ്ണയുണ്ട് ഇങ്ങനെ നിന്നിട്ടാണ് പറയുന്നത് മേനെ മേനഹി മാഖന കായ് ഈ വെണ്ണ പുറകെ കയ്യിൽ ഇണ്ട് എന്നിട്ടാണ് ഞാൻ തിന്നിട്ടില്ല അമ്മ അവസാനം പിടിച്ച് കയ്യിൽ വെണ്ണ കണ്ടപ്പോ എന്തിനാ കള്ളം പറയാൻ പാടില്ലാന്ന് ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ സത്യമാണ് പറഞ്ഞത് എന്തു പറഞ്ഞു നീ മേനേഹി മാതെന്നാണല്ലോ പറഞ്ഞത് മേനഹി മാഖനക്കായോ ഒന്ന് ചേർത്താൽ മേനേഹി മാഖനുകായും ഞാൻ തന്നെ തിന്നത് വേണ്ടാന്ന് ഞാൻ സത്യം തന്നെ പറഞ്ഞു കള്ളോന്നും പറഞ്ഞില്ലാന്ന് ഈ ഭാവത്തിലാണ് സൂർദാസ് കൃഷ്ണനെ ഉപാസിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ കൃഷ്ണൻ പറയാം അയ്യോ ഞങ്ങളൊന്നും ആനയെ കൊന്നില്ല വിളിക്കരുത് യുദ്ധത്തിൽ നിങ്ങളെ കണ്ടാൽ തന്നെ പേടിയാവണം ഇങ്ങോട്ട് വരിക പറഞ്ഞു ചാണൂരൻ അപ്പൊ അടുത്തിരിക്കണോ അമ്മാവ അവനോട് പറയൂ എന്നെ വിളിക്കണ്ടെന്ന് പറയും കുട്ടികളെ യുദ്ധത്തിനും വിളിക്കരുത് എന്ത് മന്ദന്മാരായിട്ടിരിക്കണം നിങ്ങൾ നിങ്ങൾ ഈ ചെറിയ കുട്ടികളുടെ അടുത്ത് ചണ്ട കൂടിയാലോ ബലിനം വരാഹ പറഞ്ഞു അവൻ ചെറിയ കുട്ടിയൊന്നുമല്ല ആനയുടെ കൂടെ ചണ്ട കൂടിയവനാ സാധാരണ ആളൊന്നുമല്ല ഇറങ്ങി വരാൻ പറയൂ ബലരാമൻ ആശ്ചര്യം ഇനി എന്തിനായി കൃഷ്ണൻ ഇങ്ങനെ പേടിക്കണമെന്ന് വേഷം കിട്ടെ ഈ കാണിച്ചു കൂട്ടി ആകെ അവസാനം ഇറങ്ങി അപ്പോഴേക്കും ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഈ ഭയന്ന കുട്ടിയെ ഇവർ യുദ്ധത്തിന് വിളിക്കുന്നു ഇത് അധർമ്മമാണ് നമ്മൾ കാണാൻ പാടില്ല എന്നൊക്കെ കുറെ ആളുകൾ എഴുന്നേറ്റ് പോയി കുറച്ചു നേരം അങ്ങോട്ട് യുദ്ധം ചെയ്തു മുഷ്ടിക്കനും ചാണൂരനുമായിട്ട് യുദ്ധം ചെയ്തു പിന്നെ ചടാ പടാന്ന കിടയിൽ ചടച്ചടാ ശബ്ദമൊക്കെ കേട്ടു വെച്ചാൽ ബോൺ ഓരോന്നായിട്ട് പൊട്ടണത് ചാണൂരനെയും മുഷ്ടിക്കനെയും ബലരാമസ്വാമിയും ഭഗവാനുമായിട്ട് വധം ചെയ്തു ഇതും കൂടെ കഴിഞ്ഞപ്പോ കംസൻ അവിടുന്ന് ഞെട്ടി എഴുന്നേറ്റു ഇടുപ്പിൽ വാള് ഊരിയെടുത്തുകൊണ്ട് പറഞ്ഞു ഈ വസുദേവ പുത്രന്മാരെ പുറത്താക്കൂ നന്ദഗോപനെ പിടിച്ച് കെട്ടിയിടൂ ഈ യാദവന്മാരുടെ വൃഷ്ണി ഇവരുടെയൊക്കെ ധനം ഹരത ഗോപാനാം ഗോപന്മാരുടെ ധനമൊക്കെ ഹരിക്കുക നന്ദുംപദ്ധിനീത ദുർമത്തി വസുദേവരെ വധിക്കുക എന്നൊക്കെ നിലവിളിച്ചണം ഭഗവാൻ ഒരു പക്ഷി പറക്കുന്ന പോലെ അങ്ങനെ ലഹിംനോത്പത്തിയ ആ മഞ്ചത്തിലേക്ക് ചാടി കംസന്റെ തലമൊഴിക്ക പിടിച്ചു വലിച്ചുകൊണ്ടുവന്നു വലിച്ചുകൊണ്ടുവന്ന് നെഞ്ചിൽ കൈവച്ചു ഒരു ക്ഷണ നേരത്തേക്ക് കംസന ദർശനം എന്താണെന്ന് വെച്ചാൽ എത്ര കാലമായി ഈ സമാധിഭാവം ധ്യാനം ഉണ്ണുമ്പോഴും മുറങ്ങുമ്പോഴും സദാ ധ്യാനമാണ് നിത്യദോദ്വിഗ്നധിക തമീശ്വരം പിപൻ വധൻ വാ സ്വപൻ വധൻവാചരൻ സ്വപൻ ശസൻ ദദർശ ചക്രായുധമഗ്രദോയ തടേവ രൂപം ചക്രായുധനെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ മരിച്ചു അത്ര കംസൻ അങ്ങനെ ഒരു ഭാഗ്യം അങ്ങനെ ഭഗവാനെ തന്നെ പ്രാപിച്ചു കംസൻ കംസ മോക്ഷ കംസവധമന ചക്രായുധനെ മുമ്പിൽ കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം അതും സംരംഭയോഗം കൊണ്ട് അതുകൊണ്ട് പ്രബലമായ ഭഗവത് ധ്യാനത്തിൽ കംസന്റെ ജീവൻ പോയി ഇനിയാണ് കൃഷ്ണനെ സ്കൂളിൽ ചേർത്ത എത്ര ഭാഗ്യം നോക്കും നമ്മളുടെ കുട്ടികളൊക്കെ പാവം മൂന്നര വയസ്സിൽ സ്കൂളിൽ പോയി കൃഷ്ണൻ എത്ര കാലം കളിച്ച് നടന്ന് വെണ്ണ തന്നു കട്ട് നടന്ന് അവസാനം അത്രയൊക്കെ വയസ്സില് ചേർക്കാൻ പാടുള്ളൂ കുറച്ചേ പഠിച്ചാൽ മതി ഇപ്പൊ ഇത്രയൊക്കെ വർഷം പഠിച്ചിട്ട് ഒന്നും പ്രയോജനവും ഇല്ല ഒരു പ്രയോജനവും ഇല്ല വെറുതെ നാല് വയസ്സിലും മൂന്ന് വയസ്സിലും അവിടെ ചെന്ന് കമ്പ്യൂട്ടർ കണ്ടാ മനസ്സിലാവാനുള്ള പ്രായമേ ആയിട്ടില്ല അപ്പ ഇന്റെ മേലെ കയറ്റിയിരുത്തുക ഉപദ്രവമാണ് ഈ വിദ്യാഭ്യാസമാണ് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഹിംസ കൃഷ്ണൻ പത്ത് പതിന പതിമൂന്ന് വയസ്സിന് ശേഷം അത്ര പഠിക്കാൻ പാടു എത്ര സുഖം ആ വയസ്സിൽ പഠിക്കാൻ പോയി അറുപത്തിനാല് വയസ്സും കൊണ്ട് പഠിച്ച് തീർക്കുകയും ചെയ്തു അറുപത്തിനാല് ദിവസം കൊണ്ട് പഠിച്ചിട്ട് എല്ലാ കലകളും പഠിച്ചിട്ട് വന്നു എന്നാണ് അത്രയൊക്കെ പഠിച്ചാൽ മതി എന്നാണ് കൃഷ്ണന്റെ സിദ്ധാന്തം അപ്പൊ കൂടുതൽ പഠിച്ചിട്ട് വെറുതെ ബുദ്ധി കേട്ട വരുത്തേണ്ട അറുപത്തിനാല് ദിവസം കൊണ്ടൊക്കെ പഠിച്ചിട്ട് വരികയും ചെയ്തു ഗുരുവിന് നല്ല ദക്ഷിണം കൊടുത്തു ശാന്തിപുരി മഹർഷിയുടെ പുത്രൻ പഞ്ചജനൻ കൊണ്ടുപോയ പുത്രനെ തിരിച്ചു കൊണ്ടുവന്നു കൊടുത്തു അങ്ങനെ പാഞ്ചജന്യത്തോടുകൂടെ ഭഗവാൻ മടങ്ങി വന്നു ഇനി കോപസ്ത്രീകളുടെ അടുത്തേക്ക് ഉദ്ധവരെ അയക്കുന്നതാണ് നമ്മൾ കുറച്ച് കാണാം